കിട്ടണമെങ്കിൽ എന്തോ ഹാലിതാവലാക്കണം അപ്പൊ ഹാലിത്തലിന്റെ വതിരി അവന്റെ വതിലിനെ കണ്ടുമുട്ടാൻ മാത്രമുള്ള ഹാലിത്തായവനാക്കണം എന്നല്ലേ ഒന്ന് നല്ല പങ്കിൽ പോയല്ലോ ഇന്ന ഹുൽമൗല അതാ മുസ്തഖല ഭാഗമില്ലാതുകൊണ്ടാണ് ഇന്ന വായിക്കാൻ കാരണം ജവാബിൽ വാക്കിനൊക്കെ പറയുന്ന ആണോ ഒരു സുഹാൻ ഉണ്ടാവും തേരുമ്പോ സുഹാൻ ഇങ്ങനെ അത് മുഖബർ ജവാബ്ല പറഞ്ഞു ഞാൻ അള്ളാഹിനോട് ചോദിച്ചു കാരണം അന്നാ താല ഇങ്ങനെ അതിന്റെ വേണ്ടിയിട്ട് അപ്പൊ ചോദിക്കാൻ നല്ല ഞാൻ സുഖിട്ടുണ്ട് ഓം കരീമാണ് റവൂപ്പാണ് റഹീമാണ് അതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്ന കേന്ദ്രം തന്നെയും അല്ലെങ്കിൽ അന്നവന്നും വായിക്കാം എന്നാ പറഞ്ഞാവും പത്തിനോണ്ടും വായിക്കാം താഴെ ഇപ്പൊ സുഹാലന്റെ കാര്യയിലായി അന്നവു കാരണം എന്നാല മൗലയും ആകുന്നു എന്ന കാരണം വിഷു ഞാൻ ചോദിക്കുന്നു ആവു കാര്യ മൗലന്നുള്ളത് ലഹോ മഹാനിൻ അതിന് ഒരുപാട് മാനകളുണ്ട് ഒന്നെന്താണ് അൽ മുൻഇ നിയമത്ത് ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് അതുകൊണ്ട് വഹു അൽ മുനാസിബുന ഇവിടെ അതാണ് മുനാസിബ് ബാക്കിയുടെ പറയുന്നില്ല റഹൂഫ് എന്ന് പറഞ്ഞാൽ എന്താ ശതീദുറഹ്മത്താ റഹ്മത്ത് കഠിനമായവൻ ആണ് റഹൂഫ് എന്നറിയാ കടപ്പം കൂടി അല്ലല്ലേ റഹീമെന്ന് പറഞ്ഞാൽ റഹ്മത്ത് ഉടയോ എന്നൊന്നേ അത് ശുദ്ധത്തിന് എന്ന് വരൂല അറിയോ മോളിന് താലേക്കിറങ്ങലായി റഹൂഫിൽ നിന്ന് റഹീമിലേക്ക് ഇറങ്ങുമ്പോൾ അലയിൽ നിന്ന് അതിങ്ങനെക്കിറങ്ങലായില്ലേ തതല്ലി ആദിമിൻ മുനാത്ത അപ്പൊ മൂപ്പറി ഈ പേരെന്നെ ചെറുക്കില്ലേ ഇത് മൗലയാണ് റഹൂഫാണ് റഹീമാണ് അമ്മയുടെ പേരെടുത്ത് വെച്ചെ അത് വേണം നമ്മളെ മത്തുലോപ്പ് മാറ്റി മുനാത്തബത്താ ഇസ്മ ഉണ്ടേക്കണോന്നുള്ളതിനെ പഠിപ്പിക്കാനാണ് ഓരോന്നിനും മുനാസിബായ പേരെടുക്കില്ലേപ്പാ അതാവാദിയിൽ മാറ്റി ഈ മൂന്ന് പേരുകളിലുണ്ട് മിനൽ മുനാസത്തിൽ മസുദാബും ആയിട്ടുള്ള മുനാസഭത്തുണ്ട് മാലായ അത് പറയേണ്ടതൊന്നുമില്ലാസുനെ ഇത് മുനാസബത്ത് പലതുകൊണ്ട് മുനാസമത്ത് എടുക്കലുണ്ട് അല്പട്ട മുനാസത്താണ് ഈ എന്റെ ഇഷ്ടക്കാർക്ക് മുനാസഭത്തായി കാണിക്കുന്നത് ഈ കാര്യം എല്ലാം കിട്ടണമെങ്കിൽ ചോദിക്കണമെന്നല്ലേ അത്മാക്കാണെങ്കിൽ ഇപ്പൊ മാഡത്തിനെ എതിർക്കും മറ്റേ ചേട്ടാനെപ്പായിക്കുവാൻ ഇന്ന് തീർക്കും എതിർക്കുവാണെങ്കിൽ മറ്റേ എടുക്കും മറ്റേ മുനാസിമെടുക്കലുണ്ടല്ലോ അതുപോലെ ഏറിയാതെ മുനാസിമത്തെക്കല്ലേ സാധാരണ പോലെ അലതീയ മനോധിമത്യം എടുക്കും അലന്നോട് മുതൽ ടെക്നിക്കിൽ പെട്ടതാണ് ടെക്നിക്കുന്നു അതിന എന്താണ് നമുക്ക ോട് പിതാബ് എടുക്കാൻ്റെ ജയിലിയിൽപ്പെട്ടത് ഓരോ റിസ്ക് കിട്ടണമെറ്റു അങ്ങനെ അയ്യൂബാണ് എനിക്ക് ദുർഗ് ബാധിച്ചിട്ടുണ്ട് നീയാണോ അറഹം റാഹിമൻ അപ്പൊ അവിദ്യ ദിവസം പറഞ്ഞു ചേച്ചി മറ്റൊരു ദിവസം തക്കാപ്പുരാക്കിയിട്ടു അല്ല എനിക്ക് ദുർഖ് ബാധിച്ചിട്ടുണ്ട് പറഞ്ഞില്ല എനിക്ക് ദുർബുണ്ട് നീയോ അറഹം അപ്പോ ഞാൻ നീ കുറക്കുകാരനാന്ന് ഓരോന്നും പറയുന്നില്ല ഞാൻ ആണോ നീ കുറക്കുകാരനാന്ന് പറഞ്ഞു തോന്നി എനിക്ക് പേക്കുന്നു ഇങ്ങനത്തെ ചോറുണ്ട് അതുകൊണ്ട് വളമ്പെന്നു തന്നെ വേന അതുപോലെ ഇതാ കണ്ടില്ല ഉടമ ഉടമന്നെയും അത് നിന്റെ ഉസ് പെട്ടെന്ന് ചെയ്തു ഞാനി നീ കരിയാണോ സുബാനക്കിന്റെ അടി എനിക്ക് ഒക്കെ അവിടെ ഒക്കെ അന്നാന്റെ ഒരു ഒപ്പ് പറഞ്ഞു എനിക്ക് മറ്റൊരു വസ്തുപ്പ് പറയുന്നു ഇന്നേക്കുണ്ടെന്ന വിശ്വാസം ചെമ്മലിൽ സുബാനക്കാര് യാതൊരു ബന്ധമില്ല വേണ്ടത് ഒക്കെ اظبرك اني لما اتو بينه اظن اللي يجيني لا اله الا همت صباحك اني كنت من الله لي وكنت رجل راتري جوران بينا موضوع عن سليمان عليه السلام بذعوهك حيث قال انك انت ال وحا ابيك ربي هب لي ان رد ترغمن انك قرتين اندلو هبه تدارن ني وتابعون نعم ودعاء اذا تنيا عليه الاسلام حيث قال ان انت خير المعارضين فنور هذا ترغون ان انا لك مكللا مكللا ميهان انه خير الوالدين ابو انت انت انك مكله تان نياندا كون وانك ستردني ديلاكون يدني ما اذا تمن عاليا فوقان للارض قال فان اقول انا بقول ايه ായ ഒരു ഷെറത്തിന്റെ ജവാബിൽ കടന്നതാണ് പറഞ്ഞത് തത്ീർ പോലെ തുരക്ക ഞാൻ എനിക്ക് ആദ്യം പറഞ്ഞില്ല പതേതു അല്ലേ ഞാൻ ചെറുണ്ടാക്കാൻ പോന്ന് അതെന്റെ മുഖിമക്കാണ് അതിന്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നിന്റെ ഉള്ളിൽ വെച്ചില്ലേ അതുകൊണ്ട് അങ്ങനെ എല്ലാം ഉറച്ചു കഴിഞ്ഞാൽ പാക്കോള് എന്ന് ഞാൻ പറയാൻ പോകുന്നു അപ്പോരോന്റെ മക്കോല് പറയണ്ടേ മക്കോലിൽ കോലെന്താണ് ഏതാ പൗലി അപ്പോലാകുന്ന പൗലിന്റെ മക്കോലേതാണ് അവസാനം വരെ വായിച്ചോ മറ്റർഹാരം വായിച്ചോ രണ്ടു മൂപ്പറഞ്ഞാ പറയുന്നത് ിഫിതങ്ങളെല്ലാ പറഞ്ഞ അത് മാത്രമിയാണ് ഈ പറയപ്പെട്ട വിശ്വാറ്റി വലിയ വന്നില്ല എന്താ അതുകൊണ്ട് മൂപ്പർ കരുതുന്നത് ആ തബറുക്ക ഒന്ന് ആ അപ്പറത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വറക്കത്ത് ർക്കത്ത് മാത്രീനൽ ഹൗലിവൽ കൂവത്തിനത്തുള്ള തപതിയുമാണ് ഇപ്പൊ ലക്ഷ്യമാക്കുന്നത് എന്റെ ദുദൈവില്ല എന്റെ തൊണ്ണൂല്ലോ എന്ന് പറഞ്ഞെങ്കിൽ ടൌഫിയെ കന്ന് ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് വലിയ ഖിലാപ്പുള്ളത് ശരി മാത്രം ഇതിന് നമ്മൾ ഉണ്ട് ജവഹർലെ ടോഫിന് ഓന്നിട്ടുണ്ട് ഉം എന്താ ഈ ടോഫിയെക്കൊന്നിൽ മായനാ യോഗത്താൻ ി ഒരു സാധനം മറ്റൊന്നിനെ യോജിച്ച് എത്തുക എന്നാണ് ഒരു കുട വാങ്ങിയതി ചെയ്യും മാത്രത്തന്നെ ഒരു മഴ അപ്പൊ എന്താ തോഫീക്കാണ് കുടന്റെ വായ ബുദ്ധിമുട്ടല്ല തോച്ചു വാങ്ങുമ്പം തന്നെ ഇരുത്തൈ ഇന്ന എമർജൻസി വാങ്ങിയതിന് നോക്കുമ്പോ തന്നെ നല്ല തോഫീക്കൈ അപ്പൊ ഒന്നാമത്തെ കൊത്ത് ശൈലി തൈ ഞാൻ ഒരാളെ സുപ്പർഫിന് കിടക്ക് വാങ്ങിയല്ലോ അയാൾ മൂന്ന് പണി വരയ്ക്ക് ഞാൻ അവരെല്ലാം നല്ല ഓർമ്മിക്കേ പോയി ഇതാണ് അങ്ങനെ പറയുന്നത് കിടക്കുമ്പോൾ കടന്നപാട് ഇറങ്ങിയിരിക്കും കിടക്കന്റെ ആ മാതിർയം അതിന്റെ പദം അതിന്റെ തോക്കിനെ കാത്തില്ല ഇല്ല അവർ ഏത് മണി വരെ മഹത്വ അനുഭവപ്പെട്ടല്ലോ പക്ഷെ ഇസ്ലായിരോ വലിയൊരു പോയിന്റ് ഇമാമുൽഹറമൈ റബിയല്ലാവിന് അടുക്കൽ ഊബ്രൻ വ്യാഖ്യാനന്താന്നറിഞ്ഞോ താച്ചുള്ള കുതിരത്തിനെ പറച്ചു കൊടുക്കുന്നു ഒന്ന് ആ തോറ്റിലേക്കുള്ള പ്രേരണയും പടച്ചു കൊടുക്കണം രണ്ടെണ്ണം പടക്കണം ഒന്ന് കുതിരത്തിനെ പടക്കണം മറ്റൊന്നോ അതിലേക്കുള്ള പ്രേരണ ഉണ്ടാവും കുതിരത്ത് ഉണ്ടായിട്ട് പ്രേരണ ഇല്ലേ നടത്തില്ല അപ്പൊ കുതിരത്തും ഇറാദത്തും കൂടിയെന്ന് പറയാം ആ ഇറാദത്തിനാണല്ലോ സായിട്ട് എന്ന് പറയുന്നു അത് അറിമാവല്ല ആരങ്ങുകൊടുക്കുന്നു അത് കുതിരത്തിനെ പടക്കൽ എന്ന് പറഞ്ഞാണ് കുതിരത്തിന് പടക്കൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക പടക്കൽ നേരത്തെ ഉള്ള ലെവലുള്ള കുതിരത്തായിട്ട് മതി അതെ ഇപ്പൊ കുർഹാനോതണം ഒരു താട്ടം കുർഹാനോതാനുള്ള പടക്കൽ എന്ന് പറഞ്ഞാൽ അപ്പുറം കുതിരത്തെ പടക്കല് വരണ്ട കോളാനന്ദ കൊണ്ടോ നാവിന്റെ ആ സംസാര ശക്തിയല്ലേ അത് നിലനിന്നാലും മതി പറയുന്നത് പുതുറത്ത് എന്ന് പറയുന്ന മുറാതന്തിന്റെ അസുഭാബി വല്ലാത് കേട്ടാ ആലാത്തുകളോ അസുഭാതകളൊക്കെ സലാമത്തായിട്ട് അവർ റെഡിയായിട്ട് അവരുണ്ടായാൽ മതി അതുകൊണ്ടാണ് ഓരോ അപ്പം പറയും നേരത്തെ സലാമത്തുനിന്ന് ആലത്ത് തുറന്ന് വരുവോന്ന് അപ്പൊ ബിനാഅന്നല അന്ന യുക്കാതമാനീ മൂപ്പുറം അറന്ന് രണ്ടു സമയത്ത് നിലനിൽക്കും നമ്മളെ തെയ്മല കിണ്ടല്ലോ അത് രണ്ടു സമയത്ത് നിലനിൽക്കും അത് കെയ്നെല്ലാം പോയി അപ്പം ഉണ്ടാകുന്നത് ഓരോ ആനിലുള്ള ഓരോ അറന്നുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വധമ്പുണ്ട് മൂപ്പറ വരുന്നത് ഓരോണ്ടായ രണ്ടു സമയം നിലയ്ക്ക് പിന്നെ കുഴപ്പമില്ലാതെ നിലനിന്ന് വെക്കാം ഇത് രീതി വേണ്ട അങ്ങനെയാണെങ്കിൽ നേരത്തെ ശരാമത്തുള്ള തുറന്നു വന്നാൽ അപ്പം ഒന്ന് പഠിച്ചു കൊടുക്കണം കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് അപ്പോൾ പഠിച്ചു കൊടുക്കണം എന്നർത്ഥം വേണ്ട എല്ലാ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് പുതുതായി ഒന്ന് വേണം എന്ന് പറഞ്ഞ് ഇപ്പൊ പുതുതായി പടത്തിൽ വെട്ടി വരുന്നു അപ്പൊ രണ്ടു മാതാവ് പിന്നെ മുറക്ക പോയിപ്പൊന്നു അപ്പൊ ഈ അർത്ഥം വെക്കുമ്പോൾ പൽ കാസുർ വയറു മൂപ്പക്കൻ കാസുറ ഒരാള് മോപ്പക്ക അല്ലാത്ത ആളാന്ന് പറയണം എന്തുകൊണ്ട് ധാരാഗ്യത്തില്ല ഒന്നേ ഉള്ളൂ سلامة الله سبحانه وتعالى إنما معنى قدرة تعالى فارسة تولى على أسرة دائية الله إنما قامت إنما من يلو وقف قامن لديل فتو من أحسابتو نظرات ويشهد لذالك إمام الحرم إلي فارس وريباً داريا قوله تعالى فمن يللله أيهديه يشرع صدره للإسلام إنما فارسة تولى الله سبحانه وتعالى وإستنه حداتنا كان ودريكال ఇస్త్రావ లేక అవంద సదర్ని విశాలమాకి కొడుకును అన్నాడు ఇన్నవర్నలో ఆ యజల దాయితహు వరగబతుహు వ మహబ్బతుహు ఇలై అవంద దాయితనీయం అవ దాగ్రహుం అవంద మహబ్బతుం అల్లా ఏది లేక ఇస్త్రావ లేక ఫిర్కుం అన్నాడు అలా పోర్టలి కొడుతాడు దాయితోనము అన్న షరీ మామ ఇంటి దగ్గర ఊవా خَلْقُ الطَّاعَةِ <سؤال> فِي الْعَبُدِي <سؤال> عَبُدِي لِي طَاعَةِ لَفَنَّ بَرْشُرْكِ الْنَامَةِ <سؤال> مَتَى طَاعَةِ لِنْدَى حَكْرِي بَرْشُرْكِ الْنَامَةِ نِسَى سَلَامَةُ دَعِيَتُ بَرَوْا رَيْجَةُ نَغَرَى عَبَبَ الْمُرَادُ بِالْقُدْرَةِ أَسْأَرِ مَعَمِنْدَى أَوَبْ مُرْدِ اللَّ ആ കൊതത്തോണ്ടുള്ള മുറുണ്ടെന്ന് അൽ അറബുൽ മുക്കാരനുള്ളിൽ തോറ്റി താറ്റിനോട് മുക്കാലനായി വരുന്ന അറതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോറതുകൊണ്ട് അപ്പോൾ അന്ന് രണ്ടോട്ടം നിലനിൽക്കൂലാണ് വന്നേല പോയി അപ്പൊ താറ്റ് എടുക്കുന്ന അവസരത്തിൽ അപ്പോൾ അതിനോട് മുക്കാരനായ അറതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ടു തമ്മാനിൽ അറന്നു നിലക്കൂലാണ് അതാ പറയുന്നത് ബിനാന്നല അന്നറേരിപോലെ അറന്ന് രണ്ട് തമ്മയത്ത് നിലനിൽക്കൂല എന്നതും പോലെ എടുത്തിട്ടാണെന്ന് നോക്കുന്നത് താഹറ്റിനോട് മുക്കാലനാവണം എല്ലാം നിലനിൽക്കും എന്ന് വെക്കുകയാണെങ്കിൽ പാട്ടിന്റെ മുമ്പുള്ള കലാമത്തിൽ അവിടെ നിലനിന്നാമതിയല്ല കൊടുത്തു വെക്കുന്ന ആ ആ നേരത്തെ കിട്ടും അപ്പോഴും അള്ളാഹ് നിന്ദാന്ന് അവിടെല്ലോ തൊട്ട് പറാകുന്നില്ല കനക്കൻ പോലും അവിടെ നിന്ന് പറാകില്ലല്ലോ അവിടെ നിന്ദാദിനെ തൊട്ട് പറാകുണ്ടെങ്കിലേ കൊടുത്ത് ബെച്ചെന്ന് പറയേണ്ടി ഉള്ളൂ അതില്ല രണ്ടായിരം അമ്പത് റുപേരുല്ല അശ്വതി മാമന്റെ താരീഫിന്റെ മേളില് ഇഷ്കാലം വന്നിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് താറ്റിന്റെ മുമ്പ് ആരാണ് മുക്കല്ലപ്പ് തന്നെയാണല്ലോ താറ്റെടുക്കുന്നതിന് പ്രമദാ മാസം എന്നതിനുണ്ട് നോമക്കെടാൻ തന്നിട്ടില്ലേ നൂറ് മുമ്പിൽ അമ്മ മുക്കല്ലപ്പന്നെ അതല്ലേ അപ്പോ അയലിതു മാളയ തഖ്രീഫുൽ ആജിസ് ആജിദിനെ തഖ്രീഫാബില വന്നില്ലേ കുദറതുകൊണ്ട് ദേശാനു സ്വഹാത്തിനെ മുഖാരനായ അർവന്റെ കുദറതുകൊണ്ട് ഇതിക്കുന്ന അവൻ അമ്പുള്ള കുദറതണ്ടല്ല ഇതി dikutipില്ല അപ്പോ അതിനു മുൻപ് ഈ സ്വഹാത്തിന്റെ കുദറതോ ഇതില്ലാണ് ഈ ഖാസത്ത് കുദറതilla അപ്പോൾ ആജിദണ്ട് ആജിദിനോട് തഖ്രീഫാ വന്നില്ലേ لازമായില്ലേ എന്ന് നിസ്കാരം ആക്കുന്നു ഔ ബിഹി തിയുജീബ ആയില്ല മറുപടി മാത്രീപ് മുക്കല്ല ഭവനത്തിലെ കൊണ്ടു എന്നറി സലാമത്തെ എത്തിയില്ലേ അതുകൊണ്ടാണ് തകലീഫ് വന്നു തീർന്നു അതിനോണ്ടാണ് മുത്തവക്കപ്പ് അപ്പൊ ചുരുക്കത്തിൽ എന്തായി ഭാഗത്തിൽ കൂടിയുള്ള കുതിരത്തിന് ഏതാർത്ഥം കൊടുക്കുന്ന സലാമത്തുല്ലാബൻ തന്നെയാണ് ആര് കൊടുക്കുന്നത് ഇമാവൽമേ കൊടുത്തതുപോലെ തന്നെ അഷരി കൊടുക്കുന്നത് ടോഫിയക്കിൽ ഉണ്ടാകുന്ന ആ കുതിരത്തിനെ സംബന്ധിച്ചാണ് ഖിലാഫ് ചെയ്തത് ാണ് അല അല്ല തകലീഫ് അലാ സലാമത്ത് അല്ലാത്തിൻ്റെ രണ്ടാളും സമ്മതിക്കുന്നുണ്ട് എന്നാ വെഞ്ചിഹത്തിൻ സലാമത്തിന് പുതിരത്ത് എന്ന് പേര് കൊടുക്കണമോ വേണ്ടയോ തക്കലീഫ് വന്തിക്കോ ഇല്ലെന്നല്ല ഈ സ്ഥലാമത്തുംബാവിന്ന് പുതിരത്ത് എന്ന് പേര് കൊടുക്കാമോ കൊടുത്തൂടെ എന്ന വിഷയത്തിൽ ഔല കൊടുക്കാമെന്നാണ് ആര് പറഞ്ഞതിന് ഹരമേനി പറഞ്ഞത് മാമില്ലേ പേര് എടുക്കാം ആ ഉലാന്ന് പറഞ്ഞതായി അശിമാ അതിപ്പോ ഹാറ്റി ആ ശിലാ ഹാറ്റേക്ക് ചെയ്യാം തർക്കമുള്ളത് തന്നെയാണ് അപ്പൊ ആരെടുക്കമ്മടുക്കേണ്ടത് ൻ ഇമാമുൽ കുതിരത്തിന് പേര് കൊടുക്കാം എന്നും കുതിർത്ത് പേര് പറയില്ല പിന്നെ അവരോടൊക്കെ പിന്നെ കുതിരത്തേതാ വലുൽ കുതിരക്കു അറബുൽ മുക്കാറീ താറ്റ് നേരത്തെ പറഞ്ഞു എന്നാലും ഇമാമുൽ കൂടിയാണ് ഹക്കുളളത് ദൂലിനോട് എല്ലാം ുംബിഹമ്മിൻ്റെ <laughs> <laughs> <laughs> <laughs> اللهم اللهم من അല്ലാഹം ആയിരുന്നിംബർ അല്ലാഹം ശ്രമാതി സമ്പതി അല്ലാഹം ജാഗതമാരി رياضة في فضلهم وشرفهم ومصانتهم لديك اللهم <سؤال> مرحبا بلقاء وجهك الكريم معنوارك لكبر في الجناة المعين اللهم إنا نسألك ونا تمسل إليك ونا توجه إليك لحبك الأمين وفي نور وجهك الكريم ومعلمة ذاتك القبير وليك أسمائك الهسنى وصفاتك الألمات ومجاه أمينك تنجي إلى محمد الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وبارك في هذه الصلاه التي صلينا بها بحول وقوته نسالك اللهم ان تقبلها يا غياث من اوصاراب ذوالنعم وهذا قيمن اعاننا على امورنا وامراضنا وابطننا هذا العظيم ام بالعظيم وانت تسينا ويمهم من جميع اللمظالم القادم الا or وأن تحفلنا وإن یا هم من يمي الآفاك والآهات والمطالين والمهدكات والموبرقات وأن تحفلنا وإن وأن تطرف عدنا حسب ما يلجح الأرض وما يخرج منها وما يرضل من السماء وما يأرض فيها وأن تفلصنا وتنجينا من تر الكهرات والكثرة والظلمات والغصبات ومداب كل الل rag нет ومن تحقيق بالطاعتين والباغين والمفصدين ربنا آتنا في العالم يا فتنتم في اعثبتها فتنتم على بالله صلى الله على سيدنا محمد وآل المصطفيين الرحمن الرحيم ان قلت اي اولفون داره اردت ان اب بسمه متعلق اني بتجي مين براجعها اولف بسم الله الرحمن الرحيم اللي ورنا رتقي له ഇതഹ കിതാബവും അള്ളാഹു അനു അവരുടെ കിതാബിനെ തല തുടങ്ങി ബിൽ ഭസ്മനത്തു കൊണ്ടു തുടങ്ങി ഏ ഏതോടൊപ്പം മഹാഅല്ലഹു നോപ്പറയ കിതാബാണെങ്കിലും ബൈ തന്നെ വിഷ്ണുവിനോട് തുടങ്ങാൻ പാടില്ല എന്നൊരു കഥനുണ്ടോ ഷേറും വിഷ്ണുവിൻ തമ്മിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്തൊക്കെ കാരണോ ഭസ്മരത് കുർഹാനപ്പെട്ടതാണ് ഒമ്മാ എല്ലാം ഷേറാന്നല്ലാണ് ഷെയർ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയുമ്പോ ഖുർഹാനും ഷേറും തമ്മിൽ എന്തോരം മുനാട്ടപത്തിനായുമാണ് അതുകൊണ്ട് പാദ്യങ്ങളാകുന്നതിനെ ഭസ്മരത് കൊണ്ട് തുടങ്ങാൻ പാടില്ല എന്നൊരിക്ക അബൂൽ ബവക്കാലി ഇസ്ലഹ ഫീ കറാഹത്തി ഇബ്തിദാഹി ബിഹാ ശൈറന തലതുടങ്ങൽ കറാഹത്താണോ ബിഹാ ബസ്മലത്തു കൊണ്ട് വഅദ് ബിഹാ കറാഹത്തിൽ എന്ന വിഷയത്തിൽ ഫിഖാഹുന്നാളും വറാദിയോ കൗലൽ ജംഹൂരി ബിസ്മ ബിഅ്തിതാഹി ബിഹാ ശൈറായാലുണ്ടാക്കാം ബസ്മലത്തു കൊണ്ട് തുടങ്ങാം അത് മുസ്തഹബ് ആണ് എന്നാണ് ബോരി വശത്തിന്റെ പ്രാധിഹായ കോറുള്ളത് ഏറെ വലിയ સક્તોടു കൂടി ആ സത്യത്തിലുള്ള പ്രതിവാദ വിഷയം ആമ തളാഹത്തായ കാര്യം ആകാം പാടിന്റെ ആണു മതം അപ്പൊ യോജിക്കുക അല്ലെങ്കിൽ എന്താക്കാം വിശുദ്ധ തുടങ്ങാത്ത ഭൂരിപക്ഷം അപ്പൊറ ഭൂരിവശത്തിന്റെ പൗരനോട് യോജിക്കുന്നത് അല്ലെ അപ്പൊ ബഫുൻ നബൂമത്തു അബുൽ ഇസ്ലാമു അബിൽ റുക്കുമോ അവിൽ ആ ഹസൻഭാഗത്തിൻ അഭിജിത്ത് ലാഭം ആസിംഗത്തിൻ ഒരു പദ്ധ്യം അതിന്റെ പറ്റിയൊരു പരാമർശമുണ്ട് അല്ലെ ഇസ്ലാമിനെ പറ്റി പരാമർശമുണ്ട് മാത്രം നമ്മളെ കിട്ടാബ് പോലെ അല്ലെങ്കിൽ ശാനിയായ ഹക്കാമകളുണ്ട് അല്ലെങ്കിൽ സുഹൃത്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ആ പറ്റിയാണ് പാകത്തിനെ പ്രേരിപ്പിക്കലുണ്ട് മത്സ്യത്തിനെ തൊട്ട് പിന്തിരിപ്പിക്കലുണ്ട് ഇങ്ങനെയുള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ അത് ഉണ്ടാക്കലും അതുണ്ടാക്കിയത് പാടലും പാടുന്നതിന് കേക്കലും എല്ലാം താറ്റിൽപ്പെട്ടതാകുന്നു ആജാതി പദ്യങ്ങൾ നിശാജത് ആദ്യം ഉണ്ടാക്കലും മറ്റുണ്ടാക്കി പാടലേ പാടുന്ന കേക്കല് ഒന്നുണ്ടായില്ലേ എന്തുകൊണ്ട് താറ്റായി അന്നവോ വില താറ്റിൻ മറ്റൊരു താറ്റിലേക്കുള്ള ഒരു ചിരയാകി മാറിയല്ലോ അന്നരക്ക് അതെന്താ തെളിവ് സഹാൻ പറയുകയും തങ്ങൾക്ക് കൊറേ കവികളുണ്ടായിരുന്നു അവരുടെ പാട്ടിലേക്ക് തങ്ങൾ ശ്രദ്ധിക്കലുമുണ്ട് അത് പള്ളിയിലും ഉണ്ട് പള്ളി അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ പള്ളി പോലെ അനുവദിച്ചല്ലോ അതിൽപ്പെട്ട ഒരാളാണ് അത്താൻ അതിയല്ലാകുന്നോ അബ്ദുലാവിന് പ്രവാഹത്തിനധികം എന്റെ ന്യായീകരണ പറഞ്ഞത് എനി ഇനി പറയാൻ പോവുന്നത് മറ്റൊരു ന്യായീകരണ ഇവിടെ നോക്ക് വിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പ്രത്യേക ചരിമത്ത് പറഞ്ഞിട്ടാണ് മുപ്പത് പദ്യം പദ്യമായിട്ട് വേർത്ത് തുടങ്ങിയത് രണ്ടും രണ്ടായിട്ടാണ് കൊണ്ടുപോകും ചിലരെന്താക്കും ബിസ്മിയ പദ്യമാക്കി വരയ്ക്കലുണ്ട് തുടങ്ങി അങ്ങനെയാണ് അല്ലേ മൂപ്പർ അങ്ങനെ രീതിയില്ല അതാ അങ്ങനെ കാരണം അത് അതും പൈസ അതൊക്കെ വേർതിരിച്ചു ഭസ്മലിശ്ശേരി പദ്യവുമായി വേർതിരിച്ചു വലം ഞെത്തിമൻ എന്താക്കില്ല ഭസ്മലത്തിന് പദ്യരീതിയിൽ കൊണ്ടുവന്നില്ല കമാലിബി ചെയ്തതുപോലെ ഈ കമാൻഡൊക്കെ ആ പന്തിൽ കാണുന്ന നഫീലോ മംബീരോ ിൽ കിടന്നു വലം ഞെഴുത്തിന്റെ അവിടെയല്ലേ കമയിട്ടിട്ടല്ലേ പറഞ്ഞത് അപ്പോ ലം ഞെഴുത്തിന്റെ ഈ കമ ആ കാപ്പ് കിടന്നല്ലോ കമാ ആ കാപ്പ് നെറ്റിയിൽ കിടന്നോ മന്തിയിൽ കിടന്നോന്ന് ഓഫീസിന് പറഞ്ഞിട്ടുണ്ടേ മന്തിയിൽ കിടന്നു എന്നാണ് വേണ്ടത് അതുകൊണ്ട് വലം ഞെഴുത്തി നൂപ്പറു ആ ലെമ കൊണ്ട് ലഫീ ചെയ്തതെന് മംപി ഇത്തിയാനാണ് അപ്പൊ ഷാട്ടബ് ഇത്തിയാനാക്കിട്ടാ ഉള്ളത് അപ്പൊ ചെയ്തെങ്കിലും മുസന്നിപ്പ് ചെയ്തിട്ടില്ല ഷാത്തബ് ചെയ്തതുപോലത്തെ പണി ആരും ചെയ്തിട്ടില്ല മുസന്നിപ്പ് ചെയ്തിട്ടില്ല കമ അതാണ് മമ്പിയിൽ കിടന്നത് പ്രസിദ്ധമായ തജുീതിന്റെ ഇവാണല്ലോ തജുീതും കിറാത്തും എല്ലാം പറഞ്ഞു ഏഴ് കിറാത്തിനെ പറ്റി മൂപ്പർ ബൈസാഖിറ്റ അറിയാം അത് ലോകപ്രസിദ്ധമായ ഒരു കറാമത്ത് എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ ചെയ്യുകയില്ല മുമ്പ് രണ്ടു കണ്ണും കാണാൻ അതോടൊപ്പം ഏഴ് കിറാത്തും പതിനാല് റാബികളും തജുവീതിന്റെ അഹക്കാമും ഓരോരുത്തരുടെ നുത്തക്ക് വരെ ഇതേ രീതിയിലുള്ള പദ്യങ്ങളാക്കി നോക്കുകൊളിച്ചിട്ടുണ്ട് ഇത്തരം ഇവാറ്റെങ്ങനെ ഓർമ്മ ഹിന്ദുക്കൾ ഉപഹാരമുള്ള ഇദ്ദേഹം ഈ ചെറാദൽ കാരി എന്നിട്ടും രണ്ടു കൊള്ളിയാണ് രണ്ടു കോളൊക്കെ ജീവിതയാക്കി ചോദിക്കേണ്ട കിത്താബ അതിന് പറഞ്ഞാൽ ില്ല കാ സ്വാദിന്റെ അവിട അയിന് നീട്ടണമോ വേണ്ടിയോ കണക്കാ മദുലാദിമേ ഇല്ല ചവയ്യലുള്ളൂ ആയിൻ സ്വാദിന്റെ ആണോ മധുലാതിമെന്ന് പറയുന്നത് അപ്പൊ തുടക്കത്തിനും മുടക്കത്തിനും രണ്ട് മതിന്റെ ഇടയിൽ ആര് കൊടുക്കിയിട്ടുണ്ട് അയിന് വന്നപ്പോൾ ലീനിയായ മതം അവിടെ നീട്ടണമോ വേണ്ടിയോ ി വത്തോല് പൊന്നിലൊറ്റ വാക്കിൽ ഒതുങ്ങിയല്ലോ അതിനി വജുഹാനി ഉണ്ട് നീട്ടണം വേണ്ട ഒത്തോല് പൊന്നില നീട്ടണം എന്നതാണ് അസുഖം ഓരോ കരിമാറ്റിനടുത്ത വ്യാഖ്യാനിക്കല്ലോ എന്താ സാധനം അപ്പൊ തലവീരി തെലവിലിട്ട് അടയു വേണ്ടു എന്ന് പറഞ്ഞാൽ പഴമക്കാർ മത്താലെല്ലാം പോയി നമ്മൾ ഇവരെ വന്നിട്ട് ഇതാപുണ്ടാക്കണോ അത്ര കാലം ആരും ചെയ്തില്ല നമ്മളെ മുത്തീട്ടില്ല എന്തുകൊണ്ട് തഹീർ ഒന്നും വരുത്താതെ കണ്ട് ബിസ്മിന്റെ കോല അങ്ങനെ തന്നെ പ്രയാസം അപ്പോ ആ കെമത്ത് കോലം മറിക്കണ്ടാന്ന് വിചാരിച്ചു ബൈതാക്കി കൊണ്ടുവരാൻ ചെയ്യും അലഹമുല്ലാഹിൽ അലഹദില്ലാഖി യാതൊരു കോലം പറഞ്ഞിട്ടില്ലല്ല മാത്രമല്ല വലിയാഫുല്ലൗല പത്മരത്തിന്റെ ബൈസാക്കി പറഞ്ഞാഫുല്ലൗലിയാണെന്നാണ് അപ്പൊ അതും മുസ്ല്ലിഫ് സൂപ്പിച്ചു ആ ഇനി അടുത്തു തോന്നുന്ന ഇവിടെ നോക്ക് മുസന്നിപ്പ് നോക്ക് ബിസ്മില്ലാഹു റഹ്മാൻ ഉർ റഹീമിന്റെ ഭാന്റെ താലൂക്ക് എടുത്തി കൊടുത്തു ശേഷം വന്ന ഊല്ലിഫുലിയൊക്കെ അവിടുത്തെ അവിടെ എട്ട് സൂറത്തിൽ നിന്ന് മോബറി തെരഞ്ഞെടുത്തത് എന്തെട്ട് സൂറത്ത് വിസ്മില്ലാഹുറമാൻ റഹീമിന്റെ മുത്താലേക്ക് തങ്ങൾ പിറ്റാക്കേലുദായി അല്ലേ ഇസ്മാദ അപ്പം തന്നെ മുന്തിക്കുകയും ചെയ്യ പിന്തിക്കുകയും ചെയ്യ അപ്പൊ ഈ രണ്ട് നാല് സുഹത്തായി അപ്പോൾ തന്നെ ആമക്ക് ഹാസ്തുവാക്ക ആമെങ്ങനെ എത്തിതായി എന്റെ തുടക്കം തെലിപ്പിക്കുക എന്ന് പറയുമ്പോ ഹാസായി കുന്നലാണെങ്കിൽ ആ അല്ലെങ്കിൽ അഖിലി അപ്പം തന്നെ മാവിയാക്കുന്നക്ക വിസ്മില്ലായി അക്കൽത്തു വിസ്മില്ലായി അഖിലി വിസ്മില്ലായി ആ കുലു ആ തുലു ടോട്ടൽ കുടിച്ചാൽ പതിനാറ് തൂറത്ത് വിൽക്കും മാതിരി മുതാജിയാക്കി എട്ടാണെങ്കിലും രണ്ടിനെ രണ്ടു കുളിച്ച് നാലാക്കി ഇവരുടെ രണ്ടുകൊണ്ട് കുടിച്ചു നാല് രണ്ട് എട്ടാക്കി അതുകൊണ്ട് രണ്ടുകൊണ്ട് കുടിച്ചു പതിനാറ് തൂറത്താക്കി പതിനാറ് തൂറത്തിൽ ഒരു തൂറത്തിൽ മൂന്നെണ്ണം തൂടും എങ്ങനെയാ ഇവിടെ നോക്ക് ബിസ്മിൻലാറുറീം എന്നത് മുത്താഷ് വല്ലിഹ് മുത്താഷ് രണ്ട് ഹാത്താകുക മൂന്ന് അത് മുതാജിയാകുക നാല് സുഹൃത്തുക്കളുണ്ട് അതെന്താ മൂപ്പറ ബാക്കിയെല്ലാം തള്ളി സുഹൃത്ത് സ്വീകരിക്കാൻ കാരണത് ന്യായാ പറയാൻ പോകും നോക്കേണ്ട നമ്മൾ സങ്കല്പിച്ചത് ഫെയിലായിട്ട് സങ്കല്പിച്ചു ഒരു ന്യായം നോക്കേ കൊറച്ചപ്പുറം എന്താക്കും എന്ന് പറഞ്ഞത് രണ്ട് മുതാ ഇപ്പുറം പറയത്തിന് മൂന്ന് ഒന്നും പറയാ അതെന്താ വേണം അന്നല്ല അമൽ ചെയ്യാനുള്ള അശ്രീയായ സ്വഭാവ ആദ്യം പേര് കേൾക്കണം നറബ് സൈതൻ എന്ന് പറഞ്ഞാൽ ഈ ദൈതിന്റെ ദാരിപ്പം ഈ അമൽ ചെയ്ത് നറബാന്നുള്ള ഫെയിലാണ് അപ്പൊ ഫീലിന്റെ മായനയൊക്കെ കൊടുക്കപ്പെടുന്ന മുഷ്ടക്കാത്തോ അത് പേലിന്റെ മായന ഉള്ളിലുള്ളത് കൊണ്ടാണ് അമലോന്നു താരിമൈതൻ ദൈതനെ അടിക്കുന്ന ആള് പറഞ്ഞുകൊണ്ടാണ് ഫീലിന്റെ മായന അതിനുള്ളിലുണ്ട് എന്താണല്ലോ മൊത്തം ഫീലിന്റെ അമേൽ അമൽ ചെയ്യുന്നു എന്ന് അഹദസ അബ്സ്ലി ആമിലാരി അബ്ഹങ്കൽ കന ഔരാരണ അപ്പോൾ പേരാകെ തംഗൽപിച്ച നിയമം പറഞ്ഞു വം അബസ്മാക് യാന ആസലൂട്ടുല വ മുതാഖിറൻ നബി അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ അലീഫുൽ മുതാഖിറ ജല്ല കൊണ്ടതു അന്ത മുതാസ്ലകദി യന്ന തഖ്ദീമൽ മഅമൂലി മഅമൂല മുന്തിചാല യുഫീദുൽ ഇഖ്തിസാത് ഇഖ്തിസാദ് เนี่ย ನಾನು ಬರ್ಜಿ ಇಕಂ ಅಬಂದೈ ഞാൻ മറ്റൊന്നും കൊണ്ടല്ലാ തുടങ്ങുന്ന അള്ളാന്റെ പേര് കൊണ്ടേ തുടങ്ങുന്നുള്ളോ കേട്ടോ അല്ലെങ്കിൽ അള്ളാന്റെ വേറൊന്നുമില്ല മറ്റെല്ലാം തള്ളീട്ട് അള്ളാന്റെ പേര് കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് ഇഷ്ടിദാസ് തോന്നി ആ മാമൂലം മുതിച്ചിട്ട് തെളിവ് എന്ന് പറഞ്ഞല്ലോ എന്തിന്റെ മൂന്നാമത്തെ തെളിവ് ഏത് അല്ലീഫോ എന്നുള്ള തൈലീഫാമുറം അല്ലെ ഇതൊക്കൗത്തൂന്നല്ലേ പറഞ്ഞത് ഹാല് ഏതൊരു വസ്തുവിലും തുടങ്ങുന്ന ഒരാള് എംബലഹു അവൻ ആവശ്യമാണ് ഭസ്മലത്തും അമുദല്ലഹു ഏതൊരു കാര്യത്തിനാണോ ഭസ്മലത്ത് ഇവൻ തുടക്കമാക്കി വെച്ചത് അതിന് അവിടെ സംഘടിപ്പിക്കണം ആ പറഞ്ഞിട്ടില്ലെങ്കിൽ സങ്കല്പത്തിലുണ്ടാവുമല്ലോ അപ്പൊ തിന്നാനിരിക്കുമ്പോ ബിസ്മില്ലാൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ എന്താ ഉള്ളത് ഞാൻ എഴുതുന്നു അല്ല തിന്നുന്നു എല്ലാം എന്തിനാണോ വസമലക്ക് തുടക്കം കുളിച്ചത് ആ പഴയ തസ്തിയിലുണ്ടാവും ആ തസ്തിയിലുള്ളത് ഞാൻ ആഹ്വാനിച്ചു പറഞ്ഞു മനസ്സിലുള്ളത് പറഞ്ഞു അല്ലേ മറ്റൊന്ന് വലിയ ഇഫാദത്തിന് ഹുസോൽ ജമീ അജിസായി എല്ലാ അജിസായിലേക്കും ഭസ്മലത്തിന്റെ വറക്കത്ത് കിട്ടാനുമാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടാൻ അതായത് അപ്പൊ തൈലീഫിന്റെ ഓരോ ജുതിയിലും വെറും തുടക്കം എന്ന് പറഞ്ഞാ ആ തുടക്കത്തിൽ മാത്രം എത്ര പേര് വന്നിട്ടുണ്ട് തൈലീഫ് ഹംസലാ തീരോളം തൈലീഫിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യുതദായി എന്നുണ്ടെങ്കിൽ അല്ലേ മദവതു എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇസ്മിനെ ഉള്ള ബാക്കൽ ദീല്ലല്ല ഓ ഇല്ല തുടക്കം ഈ എത്ര ഹദികയെ പോയിന്റിലിൽ ഉണ്ടാവുള്ളൂ അല്ലേ അവൻ ബിസ്മില്ലാഹി ഉസല്ലീ എന്ന് പറഞ്ഞത് ഉസന്ദിയോട കറാംൂട്ടോട ഉസന്ദിയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഖബ്ബീറു എന്ന് പറഞ്ഞാ തഖ്ബീറല്ല ഓടിക്കുന്നല്ലോ തുടക്കത്തിലായി ആയി അല്ലേ ഹാഫ്തി ഡാകേതു ഇനിയിനാലിയാക്കിയതിന്റെ ഉദാഹരണം ഒന്നു കൊണ്ട കാര്യം അതമ്മ പറഞ്ഞോണ്ട് കുറച്ചു മണി നമുക്ക് മാലിയാക്കിയത് വിസ്മി കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു തലീഫ് ഞാൻ അല്ലത്തുണ്ടാക്കാം വല്ലി പോകുമ്പോ തന്നെ തജത്ത് ഒരു ദൂസുണ്ടാവും മാലിയിൽ എന്താണ്ടാല് ദവാമസൂത്ത് ആയി കഴിഞ്ഞു മറക്കാക്കലാണ് മുനാലിയിലോ തജോത് എന്നുവച്ചാൽ ഓരോ ഇനിയും മതപോട്ടേക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ കസാനി പിന്നെ വായനയിലും വെഴുത്തിലും എല്ലാം ഓരോ രുതിയിലൊതുണ്ട് ഭസ്മരത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നടത്തം കിട്ടില്ല ആല്ലെങ്കിലും ആദ്യം ഭസ്മരൂത്തായിട്ടുണ്ടോ അത് മുബാരിയാക്കിന്റെ തക്കനിക്ക് അമ്മം പറഞ്ഞോളൂ അത് അധികം ഉണ്ടല്ല നോക്കാറുറീമിന്റെ ബാ എന്തിന്റെ ബാഗാന്നാ പറയുമ്പോ ബാ കുറെ മനുണ്ടല്ലി അത് അത് പറഞ്ഞു കൊറേ ഭാഗണ്ട് ഏത് ആകാൻ വേണ്ടി അതിൽ നിന്ന് പിറക്ക ഇനത്തിന്റെ ഭാഗം മുസാഹബത്തിന്റെ ഭാഗാത്യാരും പൊച്ചു യുവതിന്റെ ഭാഗം പെച്ചൂല എങ്ങന ഞാൻ ഈ സാധനം ആകാ ഈ സാധനം വെച്ച് വേണ്ടി ദുഃഖം ആയിരം ദൃഹിന് പകരം ഇത് ഞാൻ തരാ ആയിരം ദൃഹം തമ്മോന്നാണ് ഇവിടെ ബിസ്മിക്ക് പകരം അതിനൊക്കൂല കാരണം വെച്ചൂല അപ്പൊ കാരമായിട്ട് എന്ത് ചെയ്യുള്ളൂ മൊസാ ഹത്തും വെച്ചുള്ളൂ അപ്പം ബിസ്മിയോട് സ്വഭത്ത് കെട്ടിക്കൊണ്ട് എന്നായി മിന്നിന്റെ പേനയും പറ്റൂലല്ല മിന്നെന്താക്കുന്ന തകയില്ല ഭയാനിയ മിന്നെ എന്ത് പിന്നേക്കുന്നേനും മിന്നിന്റെ വേനൽ മിന്നിന്റെ വായന ആക്കണമെങ്കിലും മിന്നിന്റെ വായന ഏതെങ്കിലും വായനയുടെ കൂട്ടാണ്ടോ എന്നെങ്കിൽ ആടാ പകരം വെക്കാനല്ലേ പറയുന്നുള്ളൂ അപ്പൊ മിന്നിനെന്തല്ലോ മായന ഉണ്ട് തഫേലിയുണ്ട് ബയാനിയുണ്ട് തഫിലീലി ഉണ്ട് അതായത് എന്താണ് ഇബ്തിദുണ്ട് ഈ ഇബ്തിദാവിന്റെ മായനാക്കെല്ലാം കൊള്ളിക്കാവുന്ന ഒരു ഏതോ ഒരു ആ മിന്നിനി ബാ പകരം വെക്കാൻ ഇറത്ത പേര് ഉള്ളു അത് അതിലെന്തായാലേ പിന്നാള് ലാമിന് പകരം അലാൻ ആക്കിയ പോലെ അപ്പൊ ബാൻഡാറേ ഇതേ നടക്കുള്ളൂ ഇസ്റ്റാർത്തും മുസ്ഹേബത്തും അപ്പൊ എന്തായി ബിസ്മില്ലാഹിറമാൻ റഹീമായ അമ്മാർ നാമം കൊണ്ട് ഞാൻ സഹായത്തിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നുണ്ടായി അല്ലെങ്കിൽ അതിനോട് സ്വഹബത്യർത്തിയ പോലെ ആയിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നുണ്ടായി ആ അപ്പൊ ഈ മുസാഹബത്ത് എന്തിനാണ് ടവർ റൂക്ക് കിട്ടാൻ വേണ്ടിട്ട് മുസാഹത്ത ചിലപ്പോ പണിക്ക് എളുപ്പമാക്കാൻ വാക്കിലുണ്ടല്ലോ ഞാനോടെ പൂച്ചു കൂട്ടീന് ഇതിന് ഇന്ന ആവശ്യം ഇന്നാളെ പൂച്ചു കൂട്ടി മൊസാഹബത്ത് ഇതിന് പണി എളുപ്പം അതല്ല ടവർ കൂട്ടാൻ തുറഞ്ഞു തോന്നുന്നു അതിനാണ് ടവർ റുക്കിനി ദുർപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മുടെ പണിക്ക് കൈകൊട്ടെടുക്കാനല്ല അന്നേരം ഉണ്ടാക്കും മറ്റൊരു പോയി അടിപതർപ്പിക്കലേ പോയി അതല്ല அப்ப உருது கொண்டு நடந்தத என்னன்னா முஸாஹபத்துல் அலவதிஸ்புர்க்கம். கரெக்ட்டா. அதாருது என்ன? ஏني ஒலி ஸ்மூ. இஸ்மனா தி பிஸ்மில்லாஹ் அர்த்தம் என்ன? ஏني இஸ்ம வரையணும். அல்லாஹ் குர்ஆன் ரஹ்மா வரன் 50 ரன் எல்லாம் வரட்டை. இஸ்மன்னா \|_{ல} லோகதன். ஏதோ இஸ்ம பிஸ்மில்லாஹ் இஸ்ம. ஆ. லோகத்ரே மாத் அலா முஸம்மன். ஒரு முஸல்லம் மெம் நில் அரிக்கு நந்து ஆதான்னா. அப்ப அய்மை അമ്മ ആവും എന്താവും ഫെയില് വരെ ഫെയില് പറഞ്ഞാൽ ഒരു ഹലത്തിന്റെയും സമാൻഡൽ അറിയിച്ചില്ലേ രണ്ടു മുസൽമാൻ അറിയിച്ചല്ലോ ലോകത്തിൽ ലഹബല രണ്ടാണോ ഇസ്മെന്നുള്ളത് ഫെയിലിന്റെയും അറഫിന്റെയും കസീമാണ് സലിമത്തിന്റെ അൻപായകളിൽ പെട്ട കസീം എന്നുവെച്ചാ കെളിമത്തുള്ള ഇസ്മാണ് പേരാണ് അറഫാണെന്ന് പറയും വഴി അല്ലേ ലോകത്തിൽ ഇസ്മ എന്നുള്ളത് ഇസ്മിനെയും പേരിനെ അർഫിനെല്ലാം ഷാമിലാക്കാൻ മുസ്മോൺ ടാവൂ എല്ലാത്തിനുണ്ടത് അപ്പൊ മാതല്ല അതിന് തീനഫ്റ്റിൽ അതിന് സ്വന്തം മായ വേണം അപ്പൊ ഹറഫ് പുറത്തുപോയി എന്താ തരിഫിൽ നിന്ന് ജിൻസും പൊക്കല് പൂട്ട് മാതല്ല അലാ മായൻ എന്ന് പറയുമ്പോ എല്ലാ കലിമാക്കും ഷാമിലായി അതിന് ജിൻസ് മന്തിക്ക് എടുക്കണ്ട തീനഎഫ് എന്ന് പറയുന്നോണ്ട് ഏത് പുറത്തുപോയി ഹറഫ് പുറത്തുപോയി ഹറഫിന് മറ്റൊന്നിനൊക്കെ ചേർത്താലേ മായലിട്ടുള്ളൂ അല്ലേ ൊക്കത്തര നീമ്പിമാന്ന് പറഞ്ഞ വാക്കോണ്ട് പിന്നെ വന്ന് കയറന്താ പോലീന്താ പിന്ന വിശാർത്ത് പോയി എന്താ കയറന്താ പുറത്ത് പോയത് വിശാർത്താ പിന്ന ഈ ഇസ്മിന്റെ അസല പറയുന്നു ബസരി അടുക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അല്ല സുമുവാ സിമയിലുണ്ടോ വഹുവാൻ സുമൂപ്പ് സുമൂവ സിമു വെരുന്നേ ഉണ്ടോ പറഞ്ഞിനി സുമോബിൽ നിന്ന് സുമോബിന്റെ അർത്ഥം എന്താ ഉരുവ് സമാ ലഭുതമ്മ മാനൽ ലഫുതാല മാനാലും ഒരേ വിചാസം സമായസ്മോ പിന്നെ അലായു ഋഴുവൻ സുമുവൻ ലഫുവിലും മാനലും വസിനുമല്ലാത്ത അർത്ഥം ഉരുവ് അപ്പൊ റുബ് എന്നാണ് ഉയർച്ച അപ്പൊ ഇസ്മിന് ഒഴുബ് എന്ന അർത്ഥം വരുന്ന അതിൽ നിന്ന് പിടിക്കാൻ കാരണം എന്താണല്ലോ ഇസ്മ കൊടുത്താൽ ആ ഇസ്മു കൊടുക്കപ്പെട്ട മുസമ്മില് ആ മുസമ്മ ഹായിൽ നിന്നും പുറത്തേക്ക് വന്നു ഉന്നതിയിലേക്ക് വന്നു ആ ഓന ഓണിക്ക് വലിയ പേരാന്നിപ്പോ ഉന്നതി അർത്ഥം പ്രശസ്തി ഉന്നതി പേര് കൊണ്ട് അഡ്രസ്സ് വന്നു ആ എതിന്റെ യഅ്ലൂന റ യബഹൂൻന്നല്ലേ ഏതെ മക്കാനിയ ഉറുബ്നെ ഉദ്ദേശിക്കുന്നതന്നർത്ഥം അadina രാജൻdartiye യൽഹറൂന മപ്പുറ ദവയിലോടത്തു ഉലൂബ് ഇങ്ങനൊക്കാണോ ഇങ്ങന അതെല്ലാം ഉദ്ദേശം ഖഫാഇൽ നിന്ന് നാഹിറാവുഗാൻന്ന് അർത്ഥം വെക്കുമ്പോൾ നാഹിറൂൻ എന്നൊക്കെ മാറ്റും അബ ഫഅസലുഹു സിൻ അപ്പോൾ അതിൻ്റെ ആഗ തസൽന്തയറുന്ന സിൻ ഇതിന്റെ ഇസ്മിൻ്റെ ഹംസലെ തകരാക്കി പാട്ട ടസ്കീന് ഈ പാക്ക് സൊപ്പ് കൊടുത്തിട്ടെന്ന് പാ ഏതാ സീനെ സീനന്റെ കസരത്തിന്റെ ഈ വാവ് പോവുകയും ചെയ്തു അരിപ്പ് പോവുകയും ചെയ്തു അസ്തുമസ്തായിരിക്കുന്ന ഉയർച്ചാന്ന് പറഞ്ഞില്ലേ മറ്റേ വയരൽ എന്ന് പറയുമ്പോ ഉയർച്ചയും കണ്ടില്ലേ അത് പറഞ്ഞു സാധിക്കും സാരി പറയാനുണ്ടെന്ന് പറയും പിന്നെ കോപ്പക്കാട് എടുക്കലോ നിന്നെ സിമത്തിൽ നിന്ന് എന്ന് പറയും സിമത്തിൽ നിന്ന് പറഞ്ഞു പിടിക്കുമ്പോ എന്താ അറിയോ അൽ ആരാമത്തു അടയാളം എന്നാണ് അപ്പൊ അടയാളം എന്ന അർത്ഥത്തിൽ ഇസ്മോ അലാമത്തുനാ മുസമ്മ മുസമ്മന്റെ മേലും അടയാളം കൊടുക്കുന്ന സാധനമാണ് എന്നെ നോക്കിയോ കേട്ടാ മനസ്സിലാവാനുള്ള അലാമത്തേ ഇസ്മ അല്ല അപ്പൊ അതിന്റെ അർത്ഥത്തിൽ എന്താ വസ്മെന്നാണ് പിടിക്കുമ്പോ ബസ്മ ഇസ്മിന്റെ ആദ്യത്തെ ഫോമ് മറ്റൊരു നിന്ന് കൊണ്ടു വന്നിട്ട് ഈ ഇപ്പൊ ഉള്ള തൊട്ടുമുമ്പുള്ള ഫോമാണ് വസ്മ അപ്പൊ അതിനെന്താകണം ആദ്യത്തെ വാത പറയേണ്ടത് ണം അവിടെ വാവിനെ കടന്നിട്ട് അഭിദാൻ്റെ അംശത്തിൽ മറ്റൊരു പൗരം കൊടുത്തു ഇസ്മിനട്ടെ ഇവിടെ അള്ളാന്റെ ഇസ്മിന്റെ കൊണ്ട് ഉൾപ്പെടെ മുറാദം എന്താണ് ഉയർച്ചാന്ന് നടത്തം വക്കലാണോ അല്ല അരാമത്ത് നടത്തം വക്കലാണോ അതൊന്നുമല്ല മുസമ്മയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന പേര് വെക്കപ്പെട്ട താത്തായ മുസമ്മ ഏതാണോ അവനെ കൊണ്ട് ഞാൻ സഹാത്യത്തിൽ ഇടുന്നു അയിൽ അപ്പൊ മുസമ്മ ഉദ്ദേശിച്ച പിന്നെ ഇസ്മു ഇല്ലേ അതായത് അങ്ങ് തൊഴിലുകൊട്ടറുണ്ട് അതായത് അള്ളാഹുബിന്റെ റഹ്മാൻ റഹീം അപ്പൊ ഇസ്മില്ലാന്റെ മുലാബിനി ലഹി അല്ലെങ്കിൽ അള്ളാഹ് റഹ്മാൻ അറഹീം മുതലായ ഇസ്മുകളെക്കൊണ്ട് ഞാൻ തപസിലാക്കുന്നു യോജിക്കും അല്ലെങ്കിൽ അള്ളാഹുബിന്റെ റഹ്മാൻ റഹീം ഇത്യാദി വേരുകളെ കൊണ്ട് ഞാൻ വസീദയാക്കുന്നു എന്നു അല്ലെങ്കിൽ അള്ളാഹു എന്ന ഇസ്മ കൊണ്ട് മുത്തമ്മയായ ദാത്ത എന്താണോ ആ ദാത്ത ആ ദാത്തിനത്തെ വിടുന്നു ഓനാരാന്ന് റഹ്മാൻ കൈ മോകുന്നു അപ്പൊ മുത്തമ്മ ഉഷിക്കുമ്പോ അർത്ഥം കിട്ടില്ല അപ്പൊ അർത്ഥത്തിന് ആരന്തായിട്ട് മുസ്സാഹത്തിനകം പരാമതി പേര് പറഞ്ഞോളാണ് അവസാഹപ്പെട്ടേ നോക്കാൻ പറ്റുള്ളൂ ദാത്തിയാസാഹപ്പെട്ടു നടക്കൂല നടക്കൂല അത് തീനെതിരാണല്ലോ എന്ത് അതിനോട്ട് പന്ത്രണ്ട് ആ മുസമ്മയാൻ നൃത്തം വെക്കുമ്പോൾ മുസാഹിബത്ത് ചോദിച്ചില്ല അങ്ങനെ ഞാൻ പന്ത്രണ്ട് രാസം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കട്ടെ അപ്പൊ അള്ളാഹുവിനെ പണ്ടാകുന്ന മുസാഹത്ത് ഇസ്റ്റാൻ നടക്കും ഇനി നാമം കൊണ്ടും മറ്റുമൊണ്ട് ഇസ്റ്റാൻ തൊക്കെ ഉണ്ടാക്കും സാധാരണ ആലത്ത് ഉപയോഗിക്കാൻ നടക്കലുണ്ടാണ് അപ്പൊ ആലത്ത് മക്സൂദ് അല്ലാന്ന് കരുനിൽക്കുന്ന അതിന്റെ ഷറഹയ്യാജാല ഉദ്ദേശിക്കുന്ന ഷറഹ്യാജാല മക്സൂദ് ആണ് ഇറക്കിയ അകത്താണ് മുക്സൂദ് അല്ലാത്തത് പേരെ കൊണ്ട് എഴുതി എന്ന് പറഞ്ഞത് എഴുതി കഴിഞ്ഞപ്പിന്റെ പേര വേണ്ടാലോ അത് ഉറുപ്പില്ല അതേ അവസരത്തിൽ വെള്ളം കൊണ്ട് ഒതുണ്ടാക്കി ആ വെള്ളം ഒതുതീരുന്നത് വെള്ളം പോയട്ടുണ്ടല്ലോ നമുക്ക് അവിടെക്കാട്ടാ ഇങ്ങനെ വേണ കൊടുക്ക അരിച്ചിട്ടെന്തോലും പോയിട്ടുണ്ടല്ലോ അങ്ങനെ അവൾ തന്നെ ഹെക്കാലത്താകുന്ന അവസരത്തേക്ക് വസ്തുതരാക്കുകയും ചെയ്യുക അവസരണ്ടത് ഇനിയാണ് ഖുർആൻ മനസ്സിലാക്കാനല്ല ഇത്ത കഥ മക്കൂല ഒന്നിച്ച് വസിലാക്കിയത് അവരാണ് വക്കാലോ ഇത്ത കഥം ബാഹു മല എന്നാണ് ഹെക്കാത്ത പറഞ്ഞ കൊടുക്കാൻ ഏറെ കൊടുക്കേണ്ടത് ഈ ബൈക്കിണ്ട് പരിശീലനം നമുക്ക് പറയട്ടെ അവിടെ പണ്ട് രോഗമുണ്ട് അപ്പോഴും പഠിക്കാം അല്ലാ അസ്മന്റെ മുസമ്മ ആരാണോ ആ ദാത്ത മുഖത്തെത്താം അതെന്നെ കൊണ്ട് ഇസ്റ്റാന തേടിക്കൊണ്ടിരുന്നു അപ്പൊ ഇതാ ഭയാനു എന്നല്ല അരമുൻ അരദാത്തി ആ പ്രത്യേക ദാത്തിന്റെ അരമാൻ അരമാനാത്താക്കും കണ്ണൂര് പറയാ ജുസി പക്ഷെ മറ്റൂർ പറഞ്ഞ പുല്ലിയും ജുസീന വയനാക്കല്ല മറ്റൊന്നും സാധിക്കാവാത്ത രീതിയിൽ ഹസ്റപ്പുരണോ ജ്യുസീന്റെ മറ്റൊരു മായന മന്ദിക്കയാക്കാ ജുസിയാവില്ലാതെ ഇതിനല്ലാത്ത മറ്റൊന്നും സാധിക്കാവൂലാണ് അലമാമ തന്നെ ഇല്ല അതോ വ്യക്തി നാമം നമ്മുടെ മന്ദി പഠിപ്പിച്ച എങ്ങനെയാണ് വ്യക്തി നാമമാണ് പുല്ലിയല്ല ഹതീബ് എന്നുള്ളത് വ്യക്തി നാമ എന്നല്ല അത് പുല്ലിയന്ന് ആരാണോ ഹത്തീബ് എന്ന് പറയുന്നത് ഹതീബ് നേരത്തെ വരാത്ത സതീമെന്ന് പേരിട്ടാല് അത് അരമായി അതായത് എന്തിനുള്ള ആരമ് അല വാജിബിൾ വാജിബിൾ മുഴുവനും പടച്ചോന്നും പറയാം പറയാ മുത്തലക്ക് പേരാക്കി സംഘടിപ്പിച്ചു നാം ഏലം അന്നൽ മുറ ഇവിടെ ഒട്ടാകെ നിയമത്തിലെന്താ ഉള്ളത് അന്നമുയേജു അഞ്ഞുക്കൂറൽ മുത്താലക്കോ ഫേലൻ അവിസ്മൽ മാല മുത്താലക്ക് പേനു ആക്കാം ഇസ്മു ആക്കാം وعلى كل دند صوره برداروم خاصن او عام خاصه د آکورو دلنګ <تصفيق> ورواليف الی عمسی مدهبرو مصافرو دنا طاصف ها پیری سولم عام کومرو نان دالوډ نننه امر اما یەند نه لا اله غیر عام غیر خاص, خاص عم عم عم فين فين اسم عام اسم خاص പേര് അമ്മയൊക്കെ ബദൽത്തു അല്ല അബിയു ആ പിന്നെ പേരെ കാസു പൂജു അല്ലെ ആനാമു അഹുബലു നോട്ടൻ അക്തുമു പിന്നി ൻ ഈ നാല് സംഘടപ്രകാരം ബാലാക്കാൻ ബുദ്ധിച്ചിടുകയും ചെയ്യ പിന്തിച്ചിടുകയും ചെയ്യുക അപ്പൊ ഒരു പ്രവൃത്തി എടുത്താൽ മൂന്ന് കോലം വരും ഈ സൂറത്തിന് മൂന്നാണത്തിന് ഞാൻ പറഞ്ഞത് മൊഹറാക അപ്പൊ പല ഹാത്തിൽ സമാനിച്ച് ഔജുബിയിൽ നിന്നും എട്ട് കോലങ്ങൾ കിട്ടി ഒന്ന് ിൽ നിന്ന് എട്ടിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ഏതാ കാലിയോ ആ ഷാരി അത് പറഞ്ഞ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഏതെല്ലാം ഏതെല്ലാം രണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും അപ്പം അതിന്റെ കാരണ പറയുന്നത് അന്നല്ല അച്ഛന് അത് ശാരി കൊണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടാണ് അതെന്ന് ചോദിക്കും േ അതിന് ഉച്ചത് അതെല്ലാം നിന്ന് അമൽ ചെയ്യപ്പെടുന്ന ഒന്ന് അമൽ ചെയ്ത് അമൽ ചെയ്യുന്ന ഒന്ന് അതിനുള്ളിൽ പേരന്റെ മായു അതിനെ അമൽ ചെയ്തുകൊണ്ടാവും വൻ എന്ന് പറയുമ്പോ അടി അറിയാം അത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവൻ എന്ന് നോക്കിട്ടല്ലാമത് ഞായമാക്കഥിമിനെ സങ്കല്പിച്ചാൽ ഉണ്ടാക്കും കൊറേ നമീനുകളാണ് സങ്കല്പിക്കേണ്ടി വരുന്ന ഒറ്റ പ്രശ്നങ്ങൾ നേരെ കണക്കിൽ കൊടുക്കാം اسمعات تقلق بكاتا اليه دين ورمارات اذن مارد اذن بيكاليه لأنما من المعروفة اليه لانما من المعروفة صلان لهم عندتك رماراتي فرأيك رماراتي والن الملافو والملاف اليه هنا ومسالق الجارب المجروري يستغي سعادة اليه العرقاء يفضل اللون بسم الله سعيده في بسم الله الرحمن الرحيم نرده بطا اللهم رسول الله صلوه പിന്നെ മുലാഫുദ് മുലാഫ് നല്ല ഞാനി ആന്റെ മുത്താലു അവടെ മുസ്തക്കറി അന്ന് ഒന്നാടെ കൂട്ടണ്ടേ കണ്ടാ വേണ്ടി ഇന്ന ഒന്നാടെ കൂട്ടാനുണ്ടല്ലോ അത് ഇങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല കാരണം ഇസ്മാൻ എന്ന് വെക്കുകയാണെങ്കിൽ ഇത്രയും താഴെ പോയിട്ടുണ്ടെങ്കിൽ നോക്കേണ്ടി വരുമോ അപ്പൊ തൈലീഫ് മൊലാഫ് ഏന്ന് പറഞ്ഞ മുലാഫ് നിലയി പിന്നെ മാന കൊണ്ട് മുസാദിലേക്ക് തങ്കൽപ്പിക്കുകയും വേണം ഇത്രയും കളയപ്പെട്ടു എന്ന് വെക്കേണ്ടി വരുന്നുണ്ട് അതേ അവസരത്തില് ഊ അല്ലിപ്പൂ ഞാൻ പൈന മുത്തലേ ചെലിമത്താരി രണ്ട് ഗെലിമത്തേ ഉള്ളു ഊ അല്ലിപ്പ് ഒന്ന് ഞാന് തൈലീഫ് രണ്ടേ അല്ല ചേർത്ത് വൈബ് കളഞ്ഞു പോവാതായി നമ്മൾ തത്യീനാക്കുന്നത് അല്ലേ തീർന്നു അനുസ്യനോസ് എന്നാണ് ആര് പറഞ്ഞത് പറഞ്ഞത് അല്ലേ ശാസ്ത്ര വർണ്ണിക്കുന്നല്ലേ നമ്മളെ എത്തിച്ചാൽ എന്തും വരാൻ നേരത്തെ പറഞ്ഞത് വറക്കത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ വറക്കത്ത് തേടൽ അന്നാട് അസുഖത്തിന്റെ മഹസൂറാകുന്നു അത് കിട്ടിയത് അത് കൂട്ടി വെച്ച വറക്കത്തും വരാ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വറക്കത്തേടേയും കൂട്ടി പിടിക്കും അപ്പൊ യുദ്ധി ചെയ്തു കസറുക്ക് കിട്ട എലേറ്റ് അലസ്മിഹിത ഇനിയ പേരിലുള്ള തബറുക്കിന് കസുറാക്കലും എന്തിന്റെ മേലും മഖസൂറാണ് അള്ളാഹുന്റെ പേര് മഖസൂറാണ് ബേക്കും പോരാപന്റെ കാത്തായ പേരട്ടിച്ച് പിന്നെ ആണ് ബാന്റെ മുസ്നബത്ത് എന്ന് പറഞ്ഞു അതാണ് കബറുഖ് പിന്നെ മഴമൂല ഒന്നിച്ചിട്ടതാണ് കസർ മറ്റേ അല്ലേ എല്ലാം പറഞ്ഞത് എന്തോ ഓടിക്കില്ല പ്പാ മഴം പോലെ മുന്തിച്ചിട്ടാണ് ഏത് കസറെന്ന് പറഞ്ഞത് ഇപ്പാ അതിന്റെ വൈതാ ബാന്റെ മുസാഹബത്ത് തബറുക്കിനാണെന്ന് അതാ തബർറുഖ് അവിടെ കൂട്ടിയത് പനി കാസായി തകൽപ്പിച്ചപ്പോ തവരീഫ് കൂട്ടിയത് അപ്പൊ കസർ കിട്ടയിടീട്ടി തീഫൻ അതിലുള്ള ആ തവർറുക്കിന് ഞാൻ എന്തിന്റെ മേലിൽ അല്ല الافا فن باو ذاكره تن على المقصور يا رب بسم الله الرحمن الرحيم باذ ذكرن مقصورن عليه انما انا حثாகப்பட்டது ಅದিনের મેલા બાપ કરતുള്ളದು adenine adra agarak man agrak ee hasirna fa jofitum indiran nan ada muslikina madu vyasam padano endeli annal muslikina kanu yubudho nam yasmai adihatiin ചെറുക്കിൻ നെഹ്ലുകാര് അവരുടെ ഇരാഹിന്റെ അസുമാ കൊണ്ട് തുടങ്ങാറുണ്ട് അതിന് ഞാനില്ലാന്ന് ഞാൻ തുടങ്ങുകയാണെങ്കിൽ അതിനുവേണ്ടി വന്നു അന്നാലെ പേര് കൊണ്ട് തബറുക്കെടുക്കില്ല അത് മാത്രം വറന്തിലേക്കില്ല നമ്മ പോയപ്പോലും ബിസ്മില്ലാത്തിൻ്റെ തബറുക്കാത്തി ഓർക്കൊണ്ട് ഓർ തബർക്ക് പക്ഷെ അതോടൊപ്പം എന്തില്ല അവിടെ എത്തിക്കാത്തില്ല ഓർക്ക് എത്തിക്കാത്തില്ല എന്തുകൊണ്ട് ഓർക്ക് ലാത്തന്റെ ഭർത്തത്തിൽ കിട്ടുമ്പോൾ അള്ളാന്റെ പേര്ന്ന് ഓർക്കാറില്ല അപ്പൊ ഞമ്മൻ പറയുമ്പായി ലാത്തന ഉദ്ദേപ്പം അല്ലാന്റെ പേര് മാത്രമേ എടുക്കുകയുള്ളൂന്ന് വന്നു ഓർക്കും മറ്റു രണ്ടും സമ്മതിക്കൂന്ന് ടമോട്രക്ക് എന്തിനുണ്ട് ലാത്തക്കൊണ്ട് അള്ളാഹക്കൊണ്ട് സമ്മതിക്കുന്നു അത് എത്തിക്കാട്ടില്ല നമ്മക്ക് ലാത്തന എൻ ഞീ ചെയ്യുന്നതോടൊപ്പം അള്ളാഹ്നമ്മ മാത്രം അറിയുമെന്നായി ടമോട്ടോട് കൂടെ ഹെത്രം വന്നു നിങ്ങളുടെ തീർച്ചയായിട്ടും സൗഹീദ് നേരെ എതിരായി വരുള്ളൂ നമ്മുടെ വിഷയമാണ് സൗഹീ അക്കാര്യ സൗഹീദിന് അപ്പൊ മുസ്ലിം നിങ്ങളുടെ ഉമ്മ ഒത്തുകൂടാൻ പറ്റില്ലല്ല അവർ അള്ളാഹുലും മറക്കത്തുണ്ട് ലാത്തനെ ഒരിലും മറക്കത്തിണ്ട് സമ്മതിക്കുന്ന കൂട്ടറാണ് ആ ഉമ്മില്ല ഞമ്മളാക്കി മാറി മാറിയിട്ട് ലാത്തനെ വിജലി നെത്തി ചെയ്യുന്നതോടൊപ്പം ഇത് മറക്കത്താത്ര എന്താണ് പറക്കട്ടെന്ന് വഹിക്കുന്ന ആളെന്താക്കി റദ്ദി പറഞ്ഞ മാതിരിയായി രണ്ടു കൂട്ടിയല്ലേ സവഹീദിന്റെ ഹരികാർക്ക് എത്ര കൂട്ടിയാണ് നോട്ടിൽ എത്രയാണ് പറഞ്ഞത് ഒന്ന് ഷെർഖിന്റെ ഹരികാരോട് ഏഹ് കൂടുതലായതിനെ തള്ളിക്കളിയണം തീരെ നാത്തിക എന്ന് പറഞ്ഞതോട് ഒന്നുണ്ടെന്ന് സ്ഥാപിച്ചാണ് രണ്ട് കൂട്ടിയാണ് നമുക്ക് ഇപ്രാത്ത കാരണം സബിത്തരം രണ്ടു ഡൂട്ടിയുണ്ട് ലാഹയില്ലെന്നാലും അപ്പം മുമ്പ് രണ്ടും നിർവഹിക്കുന്നു ലാരിലാഹ ഇല്ല നേരെ പോയാലെന്താണ് അള്ളാവും അല്ലാതെ ഇരാനില്ലാതോ സുർക്കിന്റെ മറുപടി കൊറേ മുന്നൂറ്ററുപതാം തവണ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മാസാക്കരാല്ല അതിന് തിരിച്ചുപിടിച്ചാലോ മണ്ണു കുടിച്ചാലോ അള്ളാവും തീരെ ഇല്ലാത്ത വേറെ ഇവിടെ ഒന്നുണ്ടെന്ന് സ്ഥാപിക്കരം കൂടിയുണ്ട് രണ്ടു ഡൂട്ടി ഉണ്ടല്ലോ ഇവിടെ എല്ലാം നമ്മളെ നോട്ടിലുണ്ട് ഇപ്പൊ അതോടെ നടന്നിട്ടു അപ്പൊ മുബിൻ എന്താക്കി അടനാസിക മാർക്കും പക്ഷെ എല്ലാം മറുപടി വെച്ചു മറുപടി മനസ്സിലായല്ല ഈ കസർന്നെന്താ പേര് പറയുന്ന കസർ ഇബ്രാദ്ണ്ട് കസർ തായീനുണ്ട് കസർ കല്ബുണ്ട് ഇങ്ങനെ പല കസുറുണ്ട് കസുറന്നു വെച്ചാലോ ഞാൻ പറയാ ചായ ഫ്ലാസ്റ്റിൽ ആണ് എന്നൊരാളോട് പറഞ്ഞു ചായ ഫ്ലാസ്റ്റിൽ ആണ് എന്താ ചായ പ്ലാസ്ക് അല്ലാത്ത വേറെ അവിടെയോ ഉള്ളത് എന്ന് മനസ്സിലാക്കി എന്നോട് തിരുത്താനാണ് ചായ പ്ലാസ്കിലാണെന്ന് പറയുന്നത് ചായപ്പറ്റുപോണി കത്തിയിട്ടുണ്ട് പക്ഷേ പ്ലാ അത് മഹലേതാണോ എവിടെയോ തെറ്റിദ് അവിടെയാണ് കത്രി കൽബ് പാണിക്കത്തല്ല കുടിക്കലുമല്ല പ്ലാസ്റ്റിലാണ് പറഞ്ഞു കൊടുക്കുക അതാ കത്രി കൽബ് അതായത് ഉപ്പും വെന്റെ അക്കത്തെവിടെയോ തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാണ് തീർത്തേ ഒന്നിലധികം ഉണ്ട് വിശ്വസിക്കുന്നവരോട് ഒന്നേ ഉള്ളൂ എന്ന് പറയാണ് ഖസറി ഇഫുറാദ് അവിടെ പത്താളുണ്ട് മനസ്സിലാക്കല്ല ഒമ്പതേ ഉണ്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിഫുറാദ് ഇഫ്രാദ് പറയു കൽബ് ഖേലസ്ഥ അങ്ങനല്ലേ സയ്യ പിടിച്ചു നോക്കിയായിട്ടെന്ന് സഹ്യേന് കൽബ് എന്ന് പറയുന്ന അന്യ നേരം അസ്തല്ലേ അത് ഇഫ്രാദ് അല്ലേ പുള്ളി പിന്നെ തയ്യനാക്കുന്ന അവസരത്തിൽ ഏതായിരിക്കും ഓനക്ക് എന്തിനോണ്ട് ഇങ്ങനെ സംശയിച്ച് കളിക്കുന്നു ഏതെങ്കിലും ഒപ്പൊ ഒന്നിനെ ഭിമൻസ് കൊടുക്കാ തായനും ഈ മൂന്ന് വാഗാനാ പേരില് ഖത്തത്തിന് ഏതിനെ ഇരത്തിപ്പെടുത്തോ പറയാൻ പോകുന്നത് ഇമ്മാസു ഇഫ്രാദി ഇഫ്രാദിന്റെ കസുറാവാം എങ്ങനെ വരുമ്പോ ഒന്നിലധികം ഉണ്ട് എന്ന് പറഞ്ഞവരോട് ഇതെല്ലാം ഒന്നേ ഉള്ളൂന്ന് പറയുന്നു അതല്ലേ അപ്പൊ ബഹുബ യുഹാത്തി മറ്റൊക്കെ ചുരുക്കത്തി അപ്പോൾ തവർ കൊണ്ട് തുടങ്ങൽ എന്നുള്ളത് ചുരുക്കത്തിന് ഏറ്റാത് ചെയ്യുന്നവരോടുള്ള കിതാബായി മാറി അന്നാലും പേരുകൊണ്ട് മാത്രയല്ലാത്ത കുട്ടിയൊക്കെ അല്ലേ നൈ അല്ലേ പിന്നെ ആ കസർ കൽബിൻ അല്ലെ കൽബിന്റെ കസു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാണല്ലോ കസർ കൽബിൻ ഉണ്ടാകില്ലേ അവിടെ യുഹാത്ത് ഹുക്കുമി ഹുക്കുമിന്റെ നേരെ എതിരി വിശ്വസിക്കുന്ന ഒരാളോട് അതല്ല ഇതാൻ തിരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ലാത്തനെ കൊണ്ട് തുടങ്ങിയതിനോട് ലാത്ത എല്ലാവരും അന്നേനെ കൊണ്ട് ഉടങ്ങി ഉണ്ടായില്ലേ ആ ഉൾക്കഴിഞ്ഞാ ബുദ്ധിയിൽ മുത്തശാട്ടിക്ക് എന്താ തുടങ്ങുന്ന എത്തിച്ചുണ്ടെങ്കിൽ നിൽക്കുന്നു ഇതുകൊണ്ട് ഉറങ്ങുണ്ടോന്നു പറയും ആ തഴീം മൂന്ന് ഭാഗമാണ് അപ്പൊ നമ്മുക്കിവിടെ നേരത്തെ പറഞ്ഞു വന്ന അവസ്ഥ അസുഖം ഇപ്പുറ താത്തന അസന്നലിന്ന് കാരണം നേരത്തെ ഉച്ചരിക്കും മറുപടി പറയുകയാണ് നമ്മുടെ ചർച്ചാ വിഷയം മോദാണെന്ന് യോജിക്കുമ്പോ ഇഫ്രാബില്ലേ ചെറുന്ന് അങ്ങനെ വന്നേ ഏതൊരു കാര്യം തുടങ്ങുന്ന ആളാവട്ടെ ശരീബോ വൈറോ എന്തോ ആവട്ടെ അതിനെ സങ്കൽപ്പിച്ചുകൊണ്ട് സങ്കല്പിക്കപ്പെട്ട കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു നൽകി വലിയ ഇഭാഗത്തെ ഋസൂറിൽ പറക്കത്തെന്നുള്ള ഇല്ല സംസ്ഥാനത്തിൽ ചക്രതിയേരി തബ്ഖാസ് തഖ്ദീരി നീ ഖാസ്സ് തഖ്ദീരി സംഗൽപിച്ചാനുള്ള മറ്റൊരു ഇല്ലാതാണ് മുബരീനി പറയുന്നു ബർകത്തി പാദീയാൻ അഥവാ ഇൈഫീ തഖ്ദീഇൽ മുതഅല്ലഖി ഖാസ്സൻ തഖ്സീസുത്തബററു ബിൽ മസ്റൂഇഹി തുടക്കം എന്നൊവനാ തുടക്കത്തെ ഉദ്ഘാടനം ആയിപ്പോല്ല തർീബാം ഫറവർത്തി മുദവനുമായി അബ മുതഅല്ലഖി ഖാസ്സായി സംഗൽപിക്കുന്നതിൽ ഉണ്ട് തഖ്സീസുത്തബററു തബററു ഖാസ്സാ കറണ്ട് ఆకాశం తో ఉండవనది గుండ్ చిట ఉంది అ ఎందిల్ ఎందుకొండవా ఆకాశా గిబిల్ మస్రూఅ సీ మస్రూఫి ఇల తాలిఫు అదిల్లె మాత మల్ల వా తయమిము అదిజా ఇదని మొళువన అదిజా కలి ఆహ్ మాకలు ఉంది బి ఖిలాఫి మాలౌ కదరహు మి మఅద్దతిల్ ఇబ్దిదా ఇబ్దిదా ఇన్న మాద్దెడటెట్ నగి అబతది ఓ అమ్నో అబ్ ఇస్తదాలును అnder sagalpichaal ఫైన్ దురైస ఖాసమ్ బిల్ మస్రూఫి అది మస్రూఫిల్ ఖాసాయితిల్ల ഒന്ന് എട്ടതാന്നറിയാ അതിന്റെ തുടക്കപ്പെട്ടതിന്റെ അജിസാക്കളിലെ ആംബാവുല തുടക്കത്തിൽ ബാക്കി ഇല്ലെന്നും വരാം വൻ കാസിറോൻ അല തമിറക്കത്തിൽ മാത്രം അഫുസുമായി മാറുന്നുണ്ട് റബ്ബർ വൽബാവുൽ ഇത്തിയാനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ ബാൽ ഇത്തിഹാനത്തിൽ ദാഹിലത്തെ അഴൽവാസിഡത്തെ വൈരൽ പാടി അക്രൂരിഹയിലാണ് ഫായിലിന്റെയും അക്രോയിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വാസ്യത്വം ഉണ്ടാവും അതിന്റെ ഉപകരണം ഉപകരണവും സാമഗ്രി എന്നൊക്കെ പറയുന്നില്ല സാമഗ്രി ഒന്നോ രണ്ടോ മന്ദിക്കൽ മറുപടി വരണം സാമഗ്രിയും ഉപകരണവും രണ്ടും ഒരു വായനാക്കാണോ മുസാബിയാണോ രണ്ടിനടിയിലും നിൽക്കുന്ന പറ മുത്തമാൻ ഇനിയാണോ മുത്തബായി മുത്തലേക്കോ ഇനി മാസം ഇരിക്കുന്നു സാധനം ഉദാഹരണം തന്നെ കത്തപുത്ത് ബിൽ ചല മീന്ന കലമ്പുകൊണ്ട് എഴുതി ഫായി അഞ്ചടി മാറ്റത്തെ നിൽക്കുന്ന സാധനം ആരാന്ന് കലമ ആ കടമിൽ കിടന്ന ഭാഗം ഏതാ അതാണ് ഇസ്ത്യാനത്തിന്റെ ഭാഗം ചുരിതത്തിൽ മിക്കവാറും ആലാസരി ഉപകരണത്തിലോ സാമഗ്രിയിലോ കടത്തന്ന ഭേ വെറപുത്ത കൊണ്ട് അടിച്ചു അപ്പൊ എന്തുകൊണ്ടാണോ അടിച്ചത് ഉപകരണത്തിൽ കിടന്നത് ബാഗു ഇങ്ങനെയാണെങ്കിൽ കാലബാധുവും ചില മഹാന്മാർ പറയുന്നു അപ്പൊ നിങ്ങളെന്താക്കി വിസ്മില്ലാറിയാകുന്ന ഇസ്താനത്തിന്റെ ഭാഗമാക്കിയാൽ അള്ളാഹ് ഇപ്പൊ എന്താ ഉപകരണം മാതിരി പോയിന്ന് വന്നു നിങ്ങളെ ഭക്തല്ല ഒരു ഈഹാമ് വന്നിട്ടുണ്ട് നിങ്ങളെ ഉദ്ദേശത്തിൽ ഇല്ലെങ്കിലും ഉപകരണങ്ങൾ എന്തല്ല മക്സോതുല്യ ഖൈരില്ലല്ലോ ആവശ്യം കഴിഞ്ഞാൽ തയ്യാറെടുക്കുന്ന സാധനമല്ലേ അപ്പൊ നമ്മൾ ആവശ്യം കഴിഞ്ഞ അവിടെ അള്ളാരുടെ മേളി വേണം കഴിഞ്ഞാൽ വേണ്ടാന്നല്ല ഒരു ഈഹാമ് هذا يقول لك فالحول قول الزمخشري برائري أنها للملابسة هذا الملابسة لأنه مستعانة ناكن دانانه مبرورين مصابتين هم قالوا فاني تذرمال مللنك لإكرنيا كيفر يولانا صدنا هم قالوا هم قالوا أنه لماذا لماذا لماذا لماذا أنا أعلم أنه مصابتين كل بيتين بباركة هذا الاسم هذا الاسم والالف اذا சாதனம் মুপ্র মুতাআল্লক সেইলায় খাস উন মুসাআবাত বান্দ মানে মুসাআবাতিন নতি হয়েছেলে কুল্লাহ বাইতিন എന്നുള്ളത് എന്താക്കിയോ ഓരോ আজিদাകളിലും പങ്കെടുക്കുന്നതൊന്നുമല്ല তোরക്കത്തിലല്ലന്നല്ലേ আলাদা কুল্লাহ বাইত പിന്നെ ഈ মুসাআবাত ಅನ್ನা তমরুকিন দানা বিবারকতি হাদিসমি ഒരിടത്തോളം എല്ലാ കൈമാറത്തിലും ജാതി നാടക ആ അപ്പോ പൽ മുസാഹിബുൽക്കത്ത് പൽ മുസാഹിബാ ബറക്കത്താ എന്തുകൊണ്ട് ലിയൽസാഹിബു ഈ ഇസ്മൽ നിന്ന് കിട്ടുന്ന ബറക്കത്താണ് മുസാഹിബ് ഓരോ ബൈത്തിലും ഓരോ വൈത്തിനും എന്തില്ല ഇസ്മില്ലല്ലോ ഇസ്മോണ്ട് കിട്ടുന്ന നേട്ടത്തിന്റെ ആ ആ നുറാനിയായ പവർ അതാണ് ഓരോ വൈസിലും കാണുകയാണ് നല്ലതാണ് ഏതല്ല ഓരോന്നിലും വിസ്മു മുസാഹബത്ത് ഉണ്ടെന്ന് പറഞ്ഞ അടക്കമില്ലല്ല അതാളും പറഞ്ഞു തോന്നുന്നു പത്ത് നമ്പർ അതാണ് ചിന്തിച്ചോന്ന് പക്ഷേ അത് മതിയെ കാര്യം നമുക്ക് തോന്നുന്നു എന്ന് പറയും വന്നിട്ട് കൊണ്ട പേര് എന്തു ആകാം ആരോടൊക്കെ لوحاتن المدن في اصلاح برغام ما دل ما مت اور لفظ دل الله وهو فعل اي ابو الدين سول علمنات برضو यसमल الفعل وان عرفه التي شاملاتي وقال هو في نفسه اي لا في غيره ان خرج الحرف وقال هو غير مقدر بزمان وضعا انه برضو കൊണ്ട خرج قال فين هو دال لا معنى في نفسه هي. മാനത്തൊട്ട് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ എന്താ ഫെയിൽ ജമാൻ വോട്ടി വെക്കപ്പെട്ട് സമാന ബേസെ وَدَخَلَتِ الْأَسْمَعُوا الضَّالَّةُ عَلَى الزَّمَانِي زمان دم يلع رئيقن أسمعك إذ شامل اكو زمان اول عرقن الله إذن أصباحي إن صباحي ما صارت أنه لعابلاء بيكن إذن زمان اول عرقن الله عروض برو شامل اكن الله فشلعب الوضيع أبو وَلَعَنْ إِنُّ الَّذِي عندنا وناد أهل لك وَلَعَنْ إِنُّ وَنَا كَيْدًا دَلَّوَا അതെന്തിനോടായിട്ട് അല്ലുഖ്യമുണ്ട് മാതല്ലയോടോ അല്ല ഖൈറമുക്കത്തന്നോടോ ഈ പറഞ്ഞ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം റമാനിന്റെ മേൽ അറിയിക്കുന്ന നക്കുമാരിൽ കടന്നിട്ടുണ്ട് ലാബിൽ വകറി പക്ഷെ ജമാനെ പോലെ വധുകണ്ടല്ല ബാണ്ടുടെ ബലാലത്തെല്ലാന്നല്ലേ അറിയുന്നു ല്ല ആത്മാവിശ്രൂത്തിൽ എല്ലാം അസ്മാകളെ പോലെ അതുണ്ടാക്കും സമാന്യമല അറിയിക്കുന്നതിന് പക്ഷേ ജമാന്യമല പൊതുവെ ചെയ്യാൻ വേണ്ടി പൊതുവില്ല അസ്മു സുരൂത്ത് ഒന്നല്ല ഉണ്ടായി സിന്ധുലിനെ വിളിച്ചെന്ന് വെച്ചാൽ അപ്പൊ അല്ലീസ് ഉഷ്തക്കുമേൽ മസ്തരി സ്വമു എന്ന മസ്തരൽ നിന്ന് വിളിച്ചെടുക്കപ്പെട്ടതായി അപ്പൊ ഇത് മൂന്നാമത്തെ കൊലം സുമ്മാദ്യം മസ്തൂ മസ്തന് സിംബ് ഒടിച്ച് സിംബ് പൊടിച്ചിട്ട് ഇപ്പോഴത്തെ പോലെ മറിച്ച് ആ എന്ന് സാറൂ എന്തിനാ പറഞ്ഞത് തപ്സീലുള്ള എഴുലു എഴുലൂ തസ്സീറോ അതായത് മക്കാനിയ ഇങ്ങനത്തെ റുത്തുപോലുള്ള ഉലുവല്ല കഫ ഇന്നുള്ള ഒലിവെന്ന് പറയുമ്പോൾ നൂഹറാണ് അർത്ഥ വളർത്ത കൊടുത്തിട്ടെന്ന് പറഞ്ഞത് അത്യഥി പാസില് സിംബ് എന്നുള്ളത് മുപ്പറ കൌലി പിന്നെ സിംബ് എന്നുള്ളത് വിപിളിൻ അപ്പൊ പത്തിൽ കെടുമത്തിൽ പിന്നെ ഊഹ ഇസ്മ വി ഹി വൽ അപ്പൊ സിം സുമു എന്നൊക്കെ പറയുതന്നെ അങ്ങനെ പത്തിൽ ഇന ഒരു ഇനമാണ് ഈ പറഞ്ഞത് ഏത് താവീർ മൈസ്കാനി പാട്ടി ഹി ഏതാണ് വംശത്തിൽ പകരമാക്കി പിന്നെ പാക്ക് ദുഃഖം കൊടുത്തിട്ട് കിസ്മ അപ്പൊ ഈ രണ്ട് സൂഹത്തില് ഹിയ കൊണ്ടാണ് വസ്ലിന്റെ വംശം പാലാക്കിയാണ് പിന്നെ സുമുണ്ട് അപ്പോ ഹംസനെ കടഞ്ഞിട്ട് ഇസ്മുൻ എന്ന് പറയുമ്പോ ഹംസ ഹംസൻ പകരം കൊണ്ടാന്ന് വ്യക്തം വരുന്നു ഖസറാഖ് എന്ന അവസരത്തിൽ വസ്മ അന്റെ അസലന്നുണ്ടോ ഇനി അവക കോപകാരദല മുഖാബില കോലെ വണ്ടൽ ബസ്തി വഹിയ സിമതു മുസ്തഖമ മഖൂദമ മിന സിമതി വഹ് മഅത്തറ നഅലൻ അസ്തുമ ലിസമ അമാ യസ്മു അнде മസ്തറൻ സിമത് അലാമതു അദാലില വസ്ലഹു വസ്മുന അല ബസനി ഫാഇറു ബിഫത്ഹിൽ ഫായി പറഞ്ഞിരിക്കുന്നവ പബൽ വാഉ പാഉൽ കലിമത്തി വസ്തിന ഹൈന വൽമീമു ലാമുഹ സുമോശത്തിൽ വെച്ച് തവസ്ലി ഇന്നത്തെ വിശ്വാസിനി അല്ല തിരിഞ്ഞേൽമുറാദുബി ലൈസബി മുൻ അദ്ദേഹം ഇവിടെ ഷാരിഹിന്റെ അടുക്കലി അതായത് മുസ്ലിഖർ അടുക്കലി അന്നാന്റെ ഇസ്മുണ്ട് അദ്ദേഹം മുസന്മയാണ് ആ സൂഖ്യത്തിന്റെ പൊക്കം ഓർന്താക്കും ഇസ്മിന്റെ ദിക്കർ മുതലെടുത്തേക്ക് ഇടക്കണം മുസൽമാന്റെ ദിക്കറിലേക്ക് പോകണമെന്നോ നമ്മൾ തറക്കി അപ്പൊ മൊസമ്മിട്ടുണ്ടാക്കി ഇസ്മു പറഞ്ഞാൽ മൊസമ്മയാണ് വിളിച്ചു അത് തന്നെ ഉജ്ജമൊന്നും ഇല്ല നമുക്ക് ഇസ്മു ഇസ്മയിൽ തന്നെ വെക്കാന്നാണ് ആര് ആരുട്ടങ്ങി അത് പനാജലി ആക്കി ലൈസബിൾ മൊത്തനും ഈ മുറാദ് തന്നെ വേണമെന്നില്ല എന്താക്കാൻ ഈ ജവാസി അഞ്ഞുറാദു വലാതാക്കില്ല ഈ ചാല അന്നാന്റെ താത്തമ്മിൽ അറിയിക്കുന്ന ആ ദാ ലന്നെ മുറാദാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഷെയ്ഖിന്റെ മക്കാമിൽ വന്നേ മതി അത്തെ പോലക്കും ബിൽ അള്ളാഹുന്റെ ഇസ്മ കൊണ്ടത്തെക്കും ഇസ്ലാൻ കിട്ടാറുണ്ട് കമാനത്തപോർക്കും ബിൽ മുസൽമാൻ അപ്പൊ ഇലാഫത്തോ അല്ലാത അപ്പം സാമിഇമാമ് പറഞ്ഞ മനുഷ്യരി ഇമാമ് ഷെയ്ഖ് നമുക്ക് ഇമാറത്തിലി സാമിഇഖ് മുമ്പറും ആ അപ്പൊ ഇമാമ് പറഞ്ഞാൽ ശരി ഇളാഫത്തിൽ ആമിയ ഇലാഫത്താന്ന് മറ്റേതാ പ്രകാരം ഇലാഫത്തോ ബയാനിയോ അപ്പൊ രണ്ടും രണ്ടും മക്കാമിലേക്ക് നിന്നറിയാം അപ്പൊ അല്ലാത്ത എല്ലാവരും നാമം അതാണല്ലോ ഇപ്പൊ ഇവനിക്ക് എനിക്ക് ഉപയോഗിച്ചത് നല്ലത് ആയ ഇൻഡിവിജ്വലായ നാമല്ലേ ഇപ്പൊ ഇപ്പൊ ഹതീബ് എന്നോ അല്ല ടീച്ചർ എന്നോ മാസെന്നൊക്കെ പറഞ്ഞു അത് സ്ഥാനപ്പേര് മാത്രല്ലേ അങ്ങനെയല്ല ഇത് വ്യക്തിന്റെ സ്വന്തം വ്യക്തി നാമം ഭക്തി നാമാ കൊതികളാണ് പല ഇരാക്കുണ്ടാവുള്ളൂ അയാൾക്ക് സ്വന്തം ഉണ്ടാകില്ലേ അതെ തഹിക്കൂ പിന്നെ കാലശാകൃതിയല്ലാതെ പറയുകയാണ് അതിൽ തത്ത വലൈസ മിം തക്ല്ല തഹസീശയ്യോ തക്തീരിയോ ആയ കലപത്തിന്റെ അറിവിൽപ്പെട്ടതല്ലാതെ നാമാ എന്താ പറയാനും ആദ്യം പൊതുനാമം പറഞ്ഞു പൊതുനാമം പറഞ്ഞിട്ട് ഒന്നിന്റെ മേൽ തന്നെ പേരായി വന്ന് വന്നു വന്നിട്ട് പേരായി മാറലുണ്ട് ഇപ്പൊ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പുല്ലിയോ ചുതിയോ പുല്ലിയന്ന് ആരാണോ മാനേജ് ചെയ്യാൻ നല്ല രീതി യുമാനിച്ചു ആരാണോ മാനേജ് ചെയ്യുന്ന അയാളല്ല ആരാന്ന് മാനേജറാണ് ഇപ്പൊ തളിപ്പുറം പിൻ മാനേജർ എന്ന് പറഞ്ഞാൽ അലമ്പു ശസ്തു കോടി ആയിട്ടുണ്ട് അയാളാരുന്നു അതിലിമ്പിന് മാനേജർ മാനേജറെ മോദി ഉണ്ടോ അപ്പൊ മാനേജറെ പുല്ലിയായ പേരെന്തായി ഇപ്പൊ കടപത്ത് കൊണ്ട് അരമായി മാറി തെഹത്തേകി തെഹത്തേകി എന്ന് വെച്ചാൽ ആ പേര് വിളിക്കപ്പെടുന്ന ഒരാള് ശക്സ് ഉചൂടെ ആളാണ് തെഹത്തേകി എന്ന് പറയുന്നത് ചിലപ്പം ആളുണ്ടാവൂലെ വിളിച്ചിട്ട് അങ്ങനെ പതിവായി പോക്കുണ്ട് അയന്തരിന്ന് പറയും ആ ശക്സുണ്ടെങ്കിൽ വിളിക്കാം ഇപ്പൊ മതിന ഇനി മച്ചോണ്ടിരിക്ക മദീനാണെന്നേത് പട്ടണത്തിലും പറയാം പക്ഷെ ഇന്ന് മദീനാണ് മദീന അയാളെ മദീനയിൽ പോയി അന്നേരാണ് നബീസ് നമ്മളെ മദീനെ കടബത്തായി മാറി അങ്ങനെ ഒരുണ്ട് ആ ഇനത്തിൽ ആ ഇത് ആദ്യം പുല്ലിയാവുക എന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അത് മാത്രം കാത്താന്ന് കടബത്തിനും ആദ്യം മാത്രം അറിയപ്പെടുന്ന ഒരാളാവുക അങ്ങനത്തെ ബാധേ അല്ല എന്നാ നമുക്ക് അപ്പൊ തട്ടിക്ക് അല്ല തത്യീകല്ല രണ്ടും ണ്ടല്ലോ അഞ്ഞക്കൂന ഈ ലെഫർലിൻ ഷമൂലുഅർത്ഥം ഒരു ലെബർലിൻ ഷുമൂൽ ഉണ്ടാകുക എന്നാ കൊറേ അപ്രാധികൾ ഉണ്ടാകുന്ന രീതി വരിക ഒരു കുല്ലിയെ പോലെ ഇപ്പൊ മാനേജർ അല്ലെ ഹത്തീം ഹത്തീം മാത്രം വന്ന എന്താ അർത്ഥം ആർക്കും അറിയാലോ അപ്രാധ്യം ആരാളുണ്ട് ഒരു വ്യാപ്തി അത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഒരാൾക്ക് അങ്ങോട്ട് പ്രയോഗിക്കുമ്പോഴേക്ക് അത്തീപെന്ന് പറഞ്ഞ അയാള് തന്നെ കേട്ടിട്ടില്ല കേട്ടോ മാറി അങ്ങനെ ആ ലിന്റെ പ്രയോഗം കാരണത്താല് പ്രയോഗിച്ച് പ്രയോഗിച്ചിട്ടുണ്ടായിത്തീരും ഒരു പ്രത്യേകത വന്നുപോയി ഇതോടെ അപ്രാദിന്റെ അപ്രാദിപ്പെട്ട ഏതോ ചിലതിനോട് മാത്രം മാനേജർ മാനേജർ പ്രയോഗിച്ച് പ്രിയോഗിച്ചു പ്രയോഗിച്ച് എത്തി ഒരു വ്യക്തിയുടെ നാമം പോയി തീ തോന്നു ഇതാണ് ഏത് എന്ന് പറയുന്നത് തിന്നാണ് അപ്പൊ കലബത്തിന്റെ അലങ്ങ് പുല്ലാണ് ആയി തീർന്നതോ ജുതി അപ്പൊ ആ താറ്റീക്കൻ ജുതി അല്ലേ ആ കലബത്ത് രണ്ടു താറ്റീക്ക് തദ്റാദു കൊറേ അപ്രാധികൾ വേറെയുണ്ട് ആരുജി ഈ ലഫത് ബാഗുൽ അപ്രാദ് കൊണ്ട് മാത്രം മുസ്തത്താവുകയും ചെയ്ത് മറ്റുള്ള ചിരുക്കുന്നില്ല എന്നാൽ കാനത്തൽ കലപത്ത് തെഹക്കൈക്കയ്യത്തൻ എന്നാ കലപത്ത് എന്താ തെഹക്കൈക്കയ്യു പേരായി കൽ നജ്മിൻ നജിമെന്ന് പറയും പോലെ ഇതിന് ഇസ്മല്ലിഖുലി കൌക്കബിൻ എല്ലാ കൌക്കബിനും പറയാൻ പറ്റുന്നൊരു പേരാണ് നജിമുള്ളത് പിന്നെ ഏടാ അത് കൊറേ അപ്രാധികളുണ്ട് സുമ്മതപ പിന്നത് പ്രയോഗിച്ച് പുറയോഗിച്ച് നജുമെന്ന് ഇപ്പൊ പറഞ്ഞ സുവയ്യ് മാത്രമേ പറയുള്ളൂ സുവയ്യെന്നാണ് ഏതാന്ന് കാർത്തിക നജുമെന്ന് പറയിച്ച കാർത്തിക അർത്ഥം പൊക്കരുത്ത കണ്ടില്ലേ അതർ തോന്നു അപ്പൊ പാക്കേക്കിഞ്ഞായ കഥത്തിന്റെ പ്രയോഗമാണ് ഇപ്പൊ വന്നത് വൈലതുലഹോ ഇല്ലാ പുറത്തു ഒറ്റ പുറത്തല്ലാതെ പുറന്നെത്തിക്കപ്പെടുന്നില്ല ബാക്കി പുറത്ത് കാണുന്നുമില്ല അപ്പം കാണത്തില്ല കലപത്ത് തക്തിരിയെത്തലപത് തക്ീരിയായി അപ്പോൾ ഇവിടെ ശരീന തസ്തഅാലി പറഞ്ഞതെന്തല്ല രണ്ട് കലപത്തിലും പെട്ടതെല്ലാം അപ്പൊ സാരഥങ്ങ് ഓപ്പസിറ്റ് അങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിൽ ഏത് കലപത്തായിരിക്കും തക്രീരി ഇവിടെ അപ്പറാദ് മാറിയില്ല അപറാദ് ഒക്കെ അത്തേ കാണുന്നുള്ളൂ അപ്രാദ് ഇല്ലാ പുറത്തൊന്നല്ലേ അപ്രാവൂന്നുള്ളത് അപ്രാവ് തീരെ എത്തിക്കപ്പെടുന്നില്ലെങ്കിൽ അപ്പൊ അപ്പൊ അതിന്റെ മുസമ്മ എന്താണ്ടാക ഇല്ലപ്പോഴല്ല അങ്ങനെ തന്നെ വേണ്ടി അല്ലെങ്കിൽ അവിടെ മുസമ്മ തീരെ ഇല്ലാന്നല്ലേ വരിക ഇപ്പൊ നാം പറഞ്ഞോ കുത്താദാനിമ പറ എടുക്കുകയാണെങ്കിൽ തലപത്താന്ന് വരണം തലപത്താന്ന് വരുമ്പോഴായിരിക്കും വരിക وكيف تفرضي منه؟ لا خلافا لقول الخلق علي والبالاوي اي بارده خلق عليكم بايلاؤك يوديلان خلق عليكم بايلاؤكم بارنا دارنا وربا انه كليون وربا كلية عنام اعلم اقولك على قولنا مقول عنه انه كليون الله انه كلية عناوري كل كنا അൽ മഹൂദ്ൻ ഹക്ക് കൊണ്ട് വിഭാഗത്തെടുക്കപ്പെടുന്ന ബത്തീനത്തുള്ളു അപ്പൊ മായനപുല്ലിയായി അല്ലേ അപ്പൊ വൈശിഷ്യത്തിലി മുത്തും വിറ്റേക്ക് സിഫത്തി ആ സിഫത്ത് കൊണ്ട് മുത്തസിഫായ എല്ലാവർക്കും ഗരിമത്ത് പ്രവഹിക്കാൻ വന്നു അപ്പൊ പണ്ടൊ കൊല്ലിയിൽ പറഞ്ഞിട്ടുണ്ട് തീരെ അപ്പുറാദില്ലാത്ത പുല്ലിയുണ്ട് ഒറ്റപ്പുറത്തിൽ മുന്നസ്കളായതുണ്ട് അപ്പം തന്നെ മറ്റൊരു മുക്കി മുക്കിനാത്തത് കൊണ്ട് അല്ലാത്ത ഉണ്ടെന്ന് കൊല്ലി അതിന്റെ മന്തിക്കുതി മറക്കി വന്നു പുല്ലിയിലെന്തുണ്ട് ധാരാളം വരെ ഉണ്ടാവുന്ന കേസുണ്ട് ഒരൊറ്റ പുറത്തും എത്തിക്കപ്പെടാത്തണ്ട് അങ്കിനെ പോലെ പിന്നെ ഒരൊറ്റ പുറത്ത് ബാക്കി പുറത്തുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അപ്പോഴേക്കും ഈ ഹൽഹാലിയും വൈതാവിയും പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പുല്ലിയാണ് ഒരറ്റപ്പുറത്തിൽ മുന്നസ്സിലായ പുല്ലിയെ അതോടൊപ്പം വേറെ അത്രയാ ദരിയല് കൊണ്ടതുണ്ടാവില്ല വേറെ പുറത്തുണ്ടായി ജീവനാണ് മുൻകിലല്ലാത്തത് വരം നെറ്റസി ആ ഇല്ലിഫ് കണ്ട പക്ഷെ മുത്തസിഫായ ചാലയെ കിട്ടിയിട്ടുള്ളൂ ഹാലിക്കായ അമാനെ കിട്ടിയിട്ടുള്ളു അപ്പൊ ഒരറ്റപ്പുറത്തിൽ മുന്നസ്സിലായതും ബാക്കി അപറാദുകൾ മുന്തനില്യാത്തിൽ പൊട്ടു വന്നത് അല്ലേദിയും പറഞ്ഞതിനെ റദ്ദു ചെയ്തു എങ്ങനെ ബി അന്നു ലൗക്കാല കൊല്ലിയെ നിങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് അറിയോ ലം തൊഹിദി ല ഇലാഹു ലാഹു എന്ന കടീമർട്ട് അർത്ഥം കിട്ടാ ലം തൊഹിറ്റിന്റെ പായലാണ് ല ഇലാ ഇല്ലെന്നാവു അത് കളിമത്തിലേക്ക് തെരവില് കൊടുത്തിട്ടുണ്ടാക്കുന്ന തൊഫിന് താ കൊടുക്കുന്നു ലം തുലന്നാവൂ ല ഇല ഇല്ലെന്നാവുന്ന കളിമത്ത് പായു തരൂല ഇങ്ങനെ തരൂല അർത്ഥം അന്നാ കൊല്ലിയല്ലാതെ അരില്ല ഇലാ ഇല്ല അപ്പൊ കൊല്ലിയും വല്ലതും സാറിന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം പുരോഹിതം പറയാൻ പറ്റണം فجاءت به بقوله هذا لانها, تحصر لأنها لا, إلا لا تحصر ذاته لنا على وجه التشخيص ابنده لنا نبره لانها لا اله الا الله كلمه تمهرن باينه لا تحصر ذاته لنا نمر قلنا ان الله ذاته تنحصر لا ابلي ادري بيقولوا تشخيذا غيري يهودا هم نمر ஆகణం ഈ കുല്ലി താലിബാത്തിലെ നോക്കാനുള്ളത് മുഖബമാണ് എന്നുള്ള താലിയാണ് അല്ലെ താലിക്കുളിയുടെ ഇല്ലത്താണ് അപ്പൊ നമുക്കിവിടെ താലിബാത്തിലാണ് ലായം മുഴുവൻ കിട്ടണോ അതാശാരിന്നാലും മഹം തോഹീതാക്കിയിട്ടുണ്ടെന്നാണ് അവ താലി വാത്തി താലി വാർത്തിൽ മുക്കത്തമ വാത്തിലായി എന്നത് അവ തത്വത്തിലേക്ക് എത്തുന്നു അവളെ പന്നിലേക്ക് ഇറങ്ങിയ ആ രീതിയിലൊക്കെ താടി വാർത്തലായത് കൊണ്ട് മുക്കത്തമ വാത്തിലായിരുന്നു താലി വാത്തിൽ എന്തുകൊണ്ടാണ് ചിറങ്ങിയാതെ ഉള്ളു എന്തില്ല ആ ില്ല അത് ആണ് അൽ മുത്തു അൽക്കി സിബത്തല്ലോ ആ സിബത്ത് കൊണ്ട് ആരിക്കും ദിത്യബ് കൊണ്ട് ഓടെല്ലാം അള്ളാന്ന് പറയാൻ പറ്റിയ സാബനായി പറഞ്ഞ ഇല്ലാത്ത കുറവേ ഉള്ളൂ ഏഴ് ചോദിക്കുന്നത് നമ്മ അരമാതിച്ചത് അരമുഷ നമ്മളെ നാട്ടിൽ എന്താ ഓർമ്മ ഉണ്ടോ ാമം അലമുശ അമനാ ഇല ഇല്ല എന്തായി ഒന്നിലാകാൻ പറ്റൂല ഇല്ലല്ല അമ്മ എന്ന ആ പേര് കൊണ്ട് വിളിക്കപ്പെടുന്ന മുസമ്മയായ താത്തേതാണോ അവനൊരിക്ക ബാക്കിയാറിരാകാൻ പറ്റൂല പുല്ലീനല്ലോടെ പോകുന്നു ആ ഒറ്റ അപ്പോ അനവാകുന്ന അവസരത്തിൽ എന്തുവാ ഒരു വാതിര വന്നു ഒന്ന് മുതൽ ഉപയോഗെന്ന് ഞാനല്ലേ എന്റെ വാതി ഇവരിക്ക പേരുടാന്ന് ഇതുവരെ നിങ്ങള് അരമല്ലേ അതിന്റെ വാതി വേണം അപ്പം വാതി ഉണ്ടാവുന്ന അവസരം ആ അരമുണ്ടാവുന്ന അവസരത്തിൽ ശിഫത്തിനെ മുറകത്ത് ചെയ്യുകയും ചെയ്യൂല ശിഫത്തിനെ മുറകട്ട് ചെയ്യാണ്ടല്ല അരമൊക്കെ ചിലപ്പോൾ മുറകത്ത് ചെയ്താ മംഗൂലായിട്ട് എന്താക്കും ചിലപ്പോ വരാ നബീസ ആ മതങ്ങൾക്ക് മുഹമ്മദിന്റെ പേര് വന്നാൽ സിഫത്തിനെയും കൂടി മുറാത്തത് മങ്കൂലായ അലമിട്ടുണ്ടെന്ന് ചിലപ്പോൾ മുത്തജ്ജിരുമാകാം വരാത്ത അടുത്തെന്ന് പേരിട്ട് മുർത്തജി ആണെന്ന് യാതൊരു ബന്ധുവില്ല മാലിയുടെ ബന്ധുവെച്ച് അപ്പോൾ അനമിന വെക്കുന്ന അവസരത്തിൽ എന്ത് പറ്റൂല സിഫത്തിന് മുറാറ്റ് സിഫത്തിനെ മുറാറ്റ് ചെയ്യാണ്ട് അവസാനപ്പെടുത്തും കുട്ടിയും ചെയ്യില്ല േ അള്ളാനാവുന്ന തിരിയെങ്ങനെ രാത്രി നേരിട്ട് കണ്ടിട്ട അല്ല സിഫാത്തിൽ കൂടി സിഫാത്തിൽ കൂടി മുറായ പേരിടുന്ന അവസരത്തിൽ അലമല്ലാണ്ടായി അലമാ സിഫാത്ത് മുറാത്ത് ചെയ്യാൻ പാടില്ല സിഫത്ത് മുറാത്ത് ചെയ്യാണ്ട് അള്ളാനും പുറത്തും കിട്ടുകയും ചെയ്യില്ല അപ്പൊ അലമുണ്ട് ഭാഗ്യത്തിലാണ് വരൂ ഒരു വൈരുദ്ധ്യാട് വരുന്നുണ്ട് വെറുതെ മനസ്സിലായില്ലേ ആ അതിന് പറയുന്നത് അമ്മാറയുന്നു عرف العلماء المرجله عرف العلماء علم ان الدنيا يو كانيف എന്നെന്നാ ബിമാ വദി ابي शख्सൻ ബി ഐനിഹി ور شخصനി ابي ഐനിഹി यात വദി ചെയ്യപ്പെട്ട ഒന്ന് നാണ്ടകി ബിമാന ഷരീസ്മല്ല ഒരു كلمه அப்ப മാന്റെ ജിൻസൽ വദി ابي शख्सൻ ઓર शख्सൻ നെ ഒക്കപ്പെട്ടു എന്ന് അർത്ഥം அப்ப വസ്തല്ലപ്പെട്ടു ഹത്തീബനോ കീശോറിനോ വേറെ നോക്കുന്ന നമ്മുടെ സ്ഥാനത്തേക്ക് എല്ലാവരും പക്ഷെ ബിഅയില്ല ഉത്ത പുറത്തുപോയി അപ്പൊ മാന്നുള്ള ജിൻസ് എന്തിന്റെ അരമര ജിൻസാണ് പൊതു ആ ഒരു കയ്യിലാണ് ബി ആയിനിയും മറ്റൊരു കയ്യിലാണ് അപ്പോ ഈ താരീയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അവൽ മൊത്തമാത്രം ബിൻസു വളരെ കണ്ണാമർ തീർന്ന തരി ഈ താരീയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് আইন কুমা হস शख्स মুলাহালিল ওয়াবিই আব ওয়াবিই তে মা মুবুদি আদরিমু তবাদি এমদে ওয়াবিই নে ই ইসমে নারমক পড়না আ মুলাহায়ে সাভনা দা আ দা আ দাত আরিয়পটা দাইকণ আকি শাক্তিনদি আদি মা অটো মলো ওয়রাতুল্লাহি আণঙ্গিলো বিলা মুলাহাতে সিফাতিন রাইরু মাকুরাতিনিল মাশরি ഓരോ സിബത്ത് മുറാത്ത് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ ഭക്ഷണം വെക്കാൻ സാധ്യമല്ല അലമ്പ് വെക്കാൻ കഴിയുന്നില്ല സിബത്ത് മുറാട്ടു ചെയ്യുന്ന അലമല്ലാണ്ടായി അലമാക്കുന്ന അവസരത്തിൽ ഏ പിന്ന സിബത്ത് കൂട്ടാൻ പാടില്ല എന്നും പറഞ്ഞ ആകെപ്പാട് കൊടുക്കിയിട്ടാ ഉള്ളത് പണ്ട് എമായ പണി വായിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞ മണിജി എത്തിയമായ പണ്യെ വായിക്കാൻ വേണ്ടി അഞ്ഞൂറ് ശാസ്ത്രം തുക ഭക്ഷണം ആക്കൂലാവൂല ما يقول ليهما تغالى طولا مولا يجيان بيجونام مولا يجيان تغالى طولا ألماء غادي مجيونام ذلك يعني فلا يكون الله ألمان الله ينّا لكريمة داعه لألماء الله أبدو يأولى نمتحدث لا حتى بكم تكريم فلا يكون الله الله ينّا اسم آقونا دالاء أريك ألمان ألمان آقونا دالاء എന്തുകൊണ്ട് അലമ മാറി മുറത്ത് ചെയ്യാത്ത കണ്ട ദാത്തിന്റെ ഒക്കപ്പെട്ട ഗീഫത്തിനല്ലേ അലമെന്ന് പേര് എലബോ എന്ന് കാര്യമാറല്ലോ അപ്പം ഈസീന്റെ ഈസ്കാല അതിന് അജാബിഹാബ് പറഞ്ഞു തപാൽ ബൈതാബിമാമിനോട് താബി വെച്ചു ബൈതാബിമാമോട് പറഞ്ഞിട്ടുണ്ട് ഈ അലമിന്റെ വാദി ആരാൻ ആവുമ്പോൾ തീരുമാനിക്കും പടപ്പുകളോ അമ്മയോ അള്ളാഹു അല്ലേ അള്ളാ കണ്ണാരെ പക്ഷി അറിയാല ദാത്തറിയാണ്ട് അനിക്കറിയാലോ അപ്പൊ തോന്നി അപ്പൊ അന്ന വാദി അല്ലമി ഇൻകാന ഹൂ അഹു എന്നുള്ള ആ പേര് വെച്ചാൽ അന്നാഹു എന്നാ മൗത്ത ഹൂഫാത്ത ഹൂ അന്നാത്ത സിഫാത്തു ആറിയാ സിഫാത്ത ഹൂലിക്കണ്ടല്ലേ എന്തിനെ മനസ്സീരില്ല നല്ല വെക്കാന്ന് ആ നല്ല ആള് പേര് വെച്ച മാവിയുണ്ടല്ലോ അല്ല എല്ലാത്താളാന്ന് വയ്ക്ക അപ്പൊ പറപ്പു അല്ലേ അമ്പിയാക്കളോ അത് ചെയഹറ്റിക്ക് ആടെ ഹറ്റിട്ടുള്ളത് ഇൻ തമ്പറൽ മൗലൂ ഈ അനമ് വെക്കപ്പെടാനുള്ള മൗതോ ലഹമുണ്ടല്ലോ അത് ആത്ത് അതെന്തെങ്കിലും വജികൾ കൂടോ എനിക്ക് തത്തമ്പൂറായാൽ അന്ന തമ്പുരൻ മൗതോ ലഹോ അങ്ങനെ ഉള്ളു അന്ന തത്തമ്പുരൻ മൗതോ വിവജി എന്നെ ഹബറഞ്ചിയോ ഏ അനമിനെ എന്തേ വേണ്ടു എന്തെങ്കിലും വജികൾ കൂടി മൗതോനെ തെക്കൂറാക്കിയാ മതി അല്ലേ അണ്ണാന്റെ ദാത്തിനെ നമ്മൾ അറിഞ്ഞതുപോലെ വീട്ടിപാറി സിഫാത്തി സിഫാത്തിന്റെ വീട്ടിപ്പാടിൽ കൂടി അപ്പൊ അലമ വെക്കുന്ന അവസരത്തിൽ സിഫാത്തി ഏറ്റുപാറൂലും അപ്പൊ അയ്യ ആലമെല്ലാം പഠിച്ചു നമ്മക്ക് കണ്ണും മൂക്കെല്ലാം തന്ന ഏതോ വേണല്ലോ ഓന് ഓനാകുന്ന ആ ദാത്തിൻ അണ്ണാമല്ല അലമെന്ന് അപ്പൊ അലമ സിഫാത്ത് മുറാറ്റില്ല പക്ഷെ വെക്കുമ്പോ ഈ മൗതോയ തട്ട മുറാത്താൻ വേണ്ടി അലമ കൂട്ടി പിടിച്ചിട്ടുണ്ട് സിഫാത്തല്ലോ അങ്ങനെയാണോ അല്ല വാദം അല്ലേ സമ്മീരക്കാണല്ലേ നമീസന്നെ പറഞ്ഞാണെന്ന് അതുകൊണ്ട് അള്ളാഹുന്റെ ആത്മാവ് മുഖിയും ടോക്കീഫിയാന്ന് പറഞ്ഞ വേണതല്ലേ അതെ അല്ല അവരെ വന്നിട്ട് നമ്മൾ തന്നെ ഓന്നുവെച്ചിട്ടല്ല മൊത്തത്തിൽ ജീൻസിന്റെ അലമാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പുല്ലി ജീൻസിന്റെ കൂടെ മൊത്തത്തിൽ ആലാമുല്ല അതിനാശില്ലേ എല്ലാ വള്ളാവിന് എല്ലാ പേരും അള്ളാഫിന്റെ ഭാവി ആലമോള പോലുണ്ടല്ലോ മാറ്റി മാറ്റി മാറ്റി വിളിക്കുന്ന അലമോലാണ് അല്ല അല്ലാന്നുള്ളതലമ ബാക്കിയോ ഉസ്താഫോ അസ്മാഉസനീദിയ خلافണ്ടല്ല റഹ്മാനും റഹീമും മരികേ ഖുദ്ദൂസൂ ഖുദ്ദിയല്ലം അലമുകളാണോ എല്ലാ ഉസ്താഫുകളാണോ നീ ദർക്ക്ണ്ടില്ലേ ചിലവർ പറയും വലില്ല ഇൻ അസ്മാഉൽ ഉസ്നാ റൈബ എല്ലാത്തി അസ്മാഉം അല്ലാഹു പറഞ്ഞത് അസ്മാഉൻ അവസറബിൻ അലമദന്നാവ റഹ്മാൻ കുലു ഇല്ലാഹു ഔദു ഇർ റഹ്മാന നിങ്ങ അല്ലാഹു പറഞ്ഞേ റഹ്മാനും റഹീമും അത് ചെറുക്ക വിഷയമാണ് ആത്മവലത്തിന് ശരണ്ടല്ല മസ്യതിലെ അവസാനി മസിലവൻ പറ്റിയ കിച്ചാവുന്ന സ്ഥാപനം ബാധ്യതയും കൂട്ടി പിടിച്ച് അവൻക്ക് ഇന്ന ഇന്ന ഔതാഫ് ഉണ്ട് ജലാലി ജമാലിയുമായി ഔസാഫിന്റെ എല്ലാ മജിമമാര് ആടിയുണ്ട് അതോടൊപ്പം നമ്മക്കെന്തല്ലോ കടപ്പാണെന്തോണ്ട് ഉരൂഹിയെത്തും വെച്ച് ഈ മുറാട്ട് എഴുതിട്ടാണ് അള്ളാഹുനുള്ളത് കുടിച്ചുന്നത് അപ്പൊ ഹൂഹാന്ന അടമന്ന പറയുന്നു അതൊക്കെ റാദീനീര് പറഞ്ഞിട്ടുണ്ട് റാദികളിൽ പിന്നെ പൊടിച്ചിട്ട് അവരെ മതിയാക്കില്ലേ പിന്നെ എന്താക്കല് അതൊക്കെ ഇല്ലാതെ കിട്ടട്ടെ അള്ളാഹുന്റെ എല്ലാ നാമങ്ങളെയും ജാമ്യാക്കുന്നേ രോഗി അള്ളാഹാൽ പാച ലോകത്തിന്റെ വാദിയെ അത് ഏത് പ്രകാരം വാദിയെ അമ്മ എല്ലാം വെച്ചുകൊണ്ടിട്ടുണ്ട് ഒന്നിക്ക് ലോകത്തിന്റെ വാദിയാകാം അല്ലെ ഇസ്ലാഹിന്റെ വാദിയാകാം അല്ലെ ചില വ്യക്തികളുടെ വാദിയാകാം വ്യക്തികളാദിയായാലും ഇസ്ലാഹി തന്നെ ഉണ്ടായി ആന്മാർ അല്ലേ ലോകത്ത് അല്ലെങ്കിൽ അവര് ആര് ചെയ്യൂല ഇല്ലാ മാഫി ഫാദത്തും പരിഗണിക്കാവുന്ന ഒരു പാത ഇല്ലാത്തൊരു കാര്യമൊന്നും ചെയ്യൂലെന്ന് വെച്ചോളാം ലോകത്തിൽ അറിയുന്ന വെക്കണ്ട അവർക്ക് എല്ലാം ആക്ലിംഗതാലിക്കാണെല്ലാരും ഒന്നെ കുറച്ചും കൂടി അന്നാസി ഫായിലയില്ലാതല്ലേ വരിക ഒരു നിലക്കും പുറത്തും കിട്ടാത്തൊരു സാധനത്തിന് അലവ് വെക്കൽ ഫായയില്ലാതെ വരിക അതാ ഫായു ഇല്ലാത്തൊരു കാര്യം വക്കൂലൈന ഫുധത്തിൽ അലമി മാത്തി മീൻകാലിപത്തി അപ്പൊ അലവ് വേറെ ശിപത്ത് വേറെ വെച്ചാൽ ശിപത്തിൽ കൂടി അറിയാനുള്ള മാധ്യമമായി സിഫത്ത് വെച്ചാൽ അരമു വെച്ചാലോ സിഫത്തിന്റെ വാസ്യത്തെ ഇല്ലാതെ വേണ്ട മുസൽമാനത്തിരിക്കാനായി പറയുന്ന പാദ നോക്ക് ഇത് ലൌകോസിദി വീഫത്തി ലംജക്കോ സിഫെ എല്ലാരും ഇത് ലവസിദ ഈ അലമ കൊണ്ട് മക്സൂദ് ആക്കപ്പെട്ടെങ്കിൽ ഏ എന്ത് സിഫത്തിന്റെ വധ കൊണ്ട് കിട്ടുന്ന എന്താണോ അത് തന്നെയാണ് അലമിന്റെ വതുകള് കിട്ടേണ്ടത് വെക്കാം അപ്പൊ അലമു സിഫത്ത് ഒന്നായി അപ്പൊ അലമോണ്ട് പായുത ഇല്ലാണ്ടേ അലമോണ്ട് കെട്ടേണ്ട പായു എന്തുകൊണ്ട് കിട്ടുന്നുണ്ട് സിഫത്തോണ്ട് സിഫത്തോണ്ട് കെട്ടേണ്ട കായിലം മാത്രമേ എന്തിലുണ്ടോ അലമിലുണ്ടോ എങ്കിൽ പിന്നെ അലമന്തിരില്ലാണ്ട് പോയി അല്ല അലം എന്നാണ് അബ്ദുസലാമിന്റെ ആശി നമുക്ക് പറയും അസലാം അതവിടെ തീർന്നു എന്നി അന്ദാമിയെ അലം എന്ന് പറയുമ്പോൾ അതിന് ഒരു ധാതുണ്ട് ഒരു മുത്തമമാണല്ലോ അദാ മുസ്മ അലൽ ധാതി അല്ലാഹു ഇന്നുള്ള അലം അബൽ എന്ന് പറയുമ്പോൾ അഹൽ ദയിലിൽ അഹി അഹിൻ ദിലി ഫിലമാഗുനൂൻ അല്ലവന്നാലി അദം ജനറാല ഒരു മുദർ കിസ്കറകി റസൂലുള്ളാഹി അനി സുഹാദായി എന്ന് പറയാൻ മാറുള്ള അനി സുഹാദായി എന്ന് പറയാൻ മാറുള്ളൂണ്ട് ഇപ്പോന്താ അനി സുഹാദായി കൊണ്ടോടങ്ങി പണ്ടും പണ്ടേ എല്ലാവരും ചെയ്യുന്നല്ല ഞാൻ ചോദിച്ചെല്ലാണങ്ങനെ അത് ശോദാക്കന്മാർ എല്ലാവർക്കും തിരിഞ്ഞാലും ആരിഫിനും ആരിക്കും ആക്കലില്ല ഇത് കഴിപ്പിനാ ഏഹ് മതങ്ങളായിരിക്കും അറിയാത്തത് അപ്പൊ ഞായ പന്മോതാണ്ട് കുറവോ കിസ്റ്റന്റെ കിറ്റാവ് വായിച്ചിട്ടിങ്ങനെ ഒരു പാട്ട് പറഞ്ഞാലാവുക പണ്ടും പണ്ടേ തന്നെ അതിനൊക്കെ ഒരു പണ്ടും പണ്ടിയും ിൽ കടന്ന അശ്വഹത അനുഫലമെന്താണ് പണ്ട് അടിഫിലാമാവാം അല്ലെങ്കിൽ ആകാം അല്ലെങ്കിൽ അഹദിനാവാം അഹദിനായാലെന്തു വന്നുഅള്ളഹലി ബദർ എന്നുള്ള ശേഷം അശ്വഹതായിപ്പെട്ട പതിമൂന്നാളായി അപ്പൊ ആമിനുശേഷം ഹാത്തീരുന്നു ഭഗവാൻ അതും ഇല്ല മലായിക്ക് തീ ഒജി പിരിയില്ല എന്ന് പറഞ്ഞ മാതിരി അഹലുൽ ബദ്രിച്ച് ആളുണ്ട് അശ്വഹനായ അത്രയുള്ളു പതിമൂന്നാൾ